അധനു മീമാംസമേവത്തി മേ വി ഗുരുതാം ഇന്ദ്രന്റെയും ുരോചനന്റെയും ആധ്യാനത്തിലൂടെ ബ്രഹ്മവിദ്യ ഗ്രഹിക്കുന്നതിനുള്ള പ്രതിബന്ധം അതിന്റെ പരിഹാരം അതാണ് നിർദ്ദേശിച്ചത് ഇത് ആത്മതത്വം അതീന്ദ്രിയമാണ് പ്രതിബന്ധം ഗ്രഹിക്കുന്നതിന് പ്രതിബന്ധം ഉണ്ടാവാം ആ പ്രതിബന്ധം യുടെ ഭാഷികാരം പറഞ്ഞു സ്വഭാവദോഷം ഓരോ ജീവനിലും സഹ സഹജമായിരിക്കുന്നു ദോഷങ്ങൾ സ്വഭാവം എന്ന് പറഞ്ഞാൽ സഹജം ജന്മനാൽ തന്നെയുള്ള ദോഷങ്ങൾ ആ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് തപസ് ബ്രഹ്മചര്യം പോലെയുള്ള വ്രതങ്ങൾ അത് സ്വീകരിക്കണം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ ദോഷക്ഷയം ത്തിനനുസരിച്ചാണ് തത്വഗ്രഹണം അതുകൂടെ പറഞ്ഞു യഥാവത്ത് പ്രതിബദ്ധത ചിലർക്ക് അത് പൂർണ്ണമായും ഗ്രഹിക്കാൻ കഴിയും ഉപദേശം ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ചാലും ശരി ആത്മതത്വത്തെ സംബന്ധിച്ചാലും എന്തുകൊണ്ട് ആ ദോഷ ക്ഷയത്തെ അപേക്ഷിച്ച് അവരിൽ ദോഷം ക്ഷയിച്ചിരിക്കുന്നു അതാണ് മഹാത്മാക്കളിലും മറ്റും കാണുന്നത് അവരുടെ ദോഷം ക്ഷയിച്ചിരിക്കുന്നു കശ്യത് സാമാന്യമായി കാണുന്ന എന്താണത് അപൂർണമായി ഗ്രഹിക്കുന്നു ഉപദേശത്തെ ഭാഗികമായി ഗ്രഹിക്കുന്നു അന്ന് വരുമ്പോൾ ദോഷക്ഷയത്തിനു വേണ്ടി അവരോട് തപസ് തപസ്സനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്നു അത് ഇന്ദ്ര വിരോചനന്റെ സന്ദർഭത്തിൽ മാത്രമല്ല വിപംശത്തിൽ പല ഭാഗങ്ങളിലും അജാത ശത്രു ഉപദേശിക്കുന്നിടത്ത് മറ്റ് പല ഭാഗങ്ങളും ഇവിടെ എല്ലാം ഉപദേശം ഉണ്ടോ അവിടെയെല്ലാം ഇതാവശ്യപ്പെടുന്നുണ്ട് തപസ് ശ്രോതാവിനോട് ഇതാവശ്യപ്പെടുന്നുണ്ട് വൻഷ ഋഷിമാരെ കുലപതികൾ ഗുരുകുലത്തിൻ്റെ അധിപന്മാരായിരുന്നു ഉപദേശിക്കുന്നവരും അവര് ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നതായി പറയുന്നുണ്ട് ഭാഷകാരനത് അർഹവാദമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഇരിക്കുന്നിടത്ത് പോലും അവർക്ക് ഉപദേശം സ്വീകരിക്കാൻ വരുന്നവരോട് പറയുന്നത് തപസ് കുടുംബചര്യം പോലെയുള്ള തപസ്സനുഷ്ഠിക്കാനാണ് അതുകൂടാതെ വിദ്യാഗ്രഹണം സാധ്യമല്ല എന്നാണ് തപസ്സനുഷ്ഠിച്ചവർക്ക് അത് ഉപദേശിക്കാൻ ധികാരമുള്ളു അവരെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല ഗൃഹസ്ഥാശ്രമിയായിരുന്നു അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം തെജിച്ചവരാണോ അതുള്ള അതല്ല ഈ ഉപദേശം ഗ്രഹിക്കണമെങ്കിൽ തപസ്സനുഷ്ഠിച്ചേ മതിയാവും അതാണ് വൃഷത്തിൽ സർവത്ര വരുന്നത് അത് ഗൃഹസ്ഥാശ്രമിയായിരുന്നാലും ശരി അവർ ബ്രഹ്മചര്യകൃതം അനുഷ്ഠിച്ചേ മതിയാവും എന്നാണ് മനുഷ്യത്തിൽ പറയുന്നത് അതുകൊണ്ടിവിടെ പറയുന്നെന്താണ് ആ യഥാവ അപൂർണത ഗ്രഹണത്തിൽ വന്നാൽ അതിന് പരിഹാരമായി തപസ് അനുഷ്ഠിച്ചേ മതിയാവും അതുകൊണ്ട് സർവത്ര ഉപദേശം സ്വീകരിക്കാൻ വരുന്നവരോട് പറയും സമിത്പാണിയായി വരിക വിധിയോ ഗുരുവിനെ സമീപിക്കുക ആ വിധിയിൽപ്പെടുന്നതാണ് ബ്രമേന്ദ്രിയും പറ്റും അത് ശ്രോതാവത അനുഷ്ഠിച്ച് മതിയാവും എന്നുള്ളതാണ് കശത് വിപരീതം പലർക്കും പറയുന്നതും വിപരീതമായി ഗ്രഹിക്കാൻ പറ്റും അതിനും ഉപനിഷത്തിൽ തന്നെ വിപരീത ഗ്രഹണത്തിന് ആഖ്യാനങ്ങളുണ്ട് കച്ചതെന്ന പ്രതിപദ്ധ്യത്തെ ചിലർക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് സാധാരണ വിഷയങ്ങളെ സംബന്ധിച്ചിങ്ങനെയാണെങ്കിൽ ആത്മതത്വത്തെ സംബന്ധിച്ച് എന്താണ് അതുകൊണ്ട് അത്ര ഈ വിപ്രതിപന്നാഹ സാദിന താർക്കികാഹ സർവേ യുക്തിചിന്ത ചെയ്യുന്നവരെയാണ് ഇവിടെ താർക്കികന്മാരെ പറയുന്നത് കേവലം നയായികന്മാരെയല്ല തർക്കത്തെ ആശ്രയിക്കുന്നവരല്ല ബുദ്ധി സാമർഥ്യത്തെ ആശ്രയിച്ച് ചിന്തിക്കുന്നവർ എല്ലാവരും എന്താണ് സത് അസത്വാദിന സത് എന്ന് പറയുന്നവർ അസത്തെന്ന് പറയുന്നവർ എല്ലാ വിഭാഗത്തിലും കൊണ്ട് അവരെല്ലാവരും ആശയക്കുഴപ്പത്തിലാണ് വിപ്രതിപന്നഹ അവർക്കൊരു നിശ്ചയത്തിലെത്താൻ കഴിയുന്നില്ല ആത്മതത്വത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഈ ബുദ്ധിദോഷമാണ് പത്തിന്റെ കുറവാണ് ബ്രഹ്മചര്യത്തിന്റെ കുറവാണ് അതുകൊണ്ട് അവിദ്യതം ബ്രഹ്മേജി സുനിശ്ചിതോക്തമാക്കി വിഷമപ്രതിപത്തിവ യുക്തമേവ ആചാര്യ വിഷമപ്രതിപദ് മനസ്സിലാക്കുന്നതിന് പ്രയാസമുള്ളത് കൊണ്ട് പറഞ്ഞു അന്യദേവോ വി എന്ന് വ്യക്തമായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഗ്രഹിക്കാൻ കഴിയുന്നില്ല സുനിശ്ചിതമാണ് ആചാര്യൻ സംശയരഹിതമായി ബോധിപ്പിച്ചു അവിടെയും ശ്രോതാവിന് വൈഷമ്യം അതിനെ ഗ്രഹിക്കുന്നതിനുള്ള വൈഷമ്യം അനുഭവപ്പെടുന്നു ആചാര്യൻ വ്യക്തമായി പറയുന്നു എന്നതുകൊണ്ടായില്ല ആചാര്യന്റെ ഉള്ളിലാണ് ആ വ്യക്തത ശ്രോതാവിന്റെ മനസ്സിൽ ആ വ്യക്തത വരുന്നില്ല അതാണ് വിഷമപ്രതിപത്തി വൈഷമ്യം അനുഭവപ്പെടുന്നു പറഞ്ഞല്ലോ സ്വഭാവദോഷം അതുകൊണ്ട് അതിനെ ഗുരു മനസ്സിലാക്കി യഥി മന്യസെ നീ ഇങ്ങനെ കരുതാം എൻ്റെ വചനത്തെ നീപ്രകാരം വ്യാഖ്യാനിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശാശങ്കം വചനം ആ സംശയത്തെ കണക്കിലെടുത്തുകൊണ്ട് മറുപടി പറയുന്നു ആചാര്യൻ യോഗ്യമായ രീതിയിൽ തന്നെയാണ് തുടർന്ന് ശിഷ്യനോട് ഉപദേശിക്കുന്നത് എന്താണോ ദഹരം അല്പമേവ പിന്നൂനം തുമ്പാനീഷ് ബ്രഹ്മണരൂപം ഞാൻ വ്യക്തമായി ധരിപ്പിച്ചിട്ടും നീ സ്വല്പമേവ ജാനീഷേ ബ്രഹ്മണരൂപം ആ പരമാർത്ഥ തത്വത്തെ നിന്റെ വാസ്തവ സ്വരൂപത്തെ നീ ഏകദേശം മനസ്സിലാക്കിയോ അറിവിന്റെ പൂർണ്ണത നിന്നിൽ പ്രകാശിച്ചില്ല ദഹരം അല്പം അല്പമേ നീ വി ഗ്രഹിച്ചുള്ളൂ എന്നാണ് അനേകാനി ബ്രഹ്മണ രൂപ മഹാന്തി അൽഭ കാണിച്ച അങ്ങനെ കുറഞ്ഞും കൂടിയും മനസ്സിലാക്കാൻ ബ്രഹ്മത്തിന് പല രൂപങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒരു സംശയം നമുക്ക് അല്പം മനസ്സിലാക്കാവുന്ന ഒരു ബ്രഹ്മം കൂടുതൽ മനസ്സിലാക്കാവുന്ന ഒരു തത്വം അങ്ങനെയുണ്ടോ ഇതിൽ തത്വം ഏകരൂപമാണല്ലോ അതിൻ്റെ ജ്ഞാനവും ഏകരൂപത്തിലാണ് വരേണ്ടത് ഒരാൾ അല്പം മനസ്സിലാക്കുന്നു വേറൊരാൾ കൂടുതൽ മനസ്സിലാക്കുന്നു ഇതെല്ലാം വരുന്ന ഇവിടെ ഏറ്റക്കുറച്ചുള്ള വസ്തുക്കളിലാണ് ബ്രഹ്മത്തെക്കുറിച്ച് എന്താ പറയുന്നത് ഏകരസം ഏക സ്വഭാവം അതിലെങ്ങനെ നാനാ ജ്ഞാനം വരും ഏനാഹ പാഠം പറയുന്നു ശരിയാണ് നിങ്ങൾ പറഞ്ഞതിൽ കുറെ ശരിയുണ്ട് അത് ഏകസ്വഭാവമുള്ളതാണോ പക്ഷേ അത് അനേകസ്വഭാവം ഉള്ളതെന്നും പറയാം ഏകരസം ആണ് ബ്രഹ്മം അനേകരസമെന്നും പറയാം ഏകമാണെന്നും പറയാം അനേകമാണെന്നും പറയാം അതങ്ങനെ പറയും അനേകാനി നാമരൂപ ഉപാധികൃതാനി ബ്രഹ്മണരൂപ സ്വത അത് ഏകരൂപത്തിലാണെങ്കിലും അത് പ്രകാശിക്കുന്നത് പ്രകടമാകുന്നത് നാനരൂപത്തിലാണ് എന്തുകൊണ്ട് നാമരൂപോപാധികളെ കൊണ്ട് നാമരൂപോപാധികളെ കൊണ്ട് പല രൂപത്തിൽ പ്രകടമാകുന്നു ഒരേ സൂര്യൻ പലതരത്തിൽ പലതരത്തിൽ ബിംബിക്കുന്നു സൂര്യൻ ഏകനാണെങ്കിലും അതിൻ്റെ പ്രതിബിംബം പലതരത്തിലാകുന്നു ആകാശം ഏകമാണെങ്കിലും അത് മഹാകാശമായി ചെറിയ ആകാശങ്ങളായി അനുഭവപ്പെടുന്നു അതുപോലെ ഉപാധികളെ കൊണ്ട് ഒന്ന് തന്നെ പലതായി അനുഭവപ്പെടുന്നു അങ്ങനെ അനുഭവപ്പെടാമെങ്കിൽ ശ്രോതാവും ഒന്നിനെ തന്നെ പലതായി ഗ്രഹിക്കാം അതിൻ്റെ പൂർണ്ണതയിലായിരിക്കില്ല അത് ഗ്രഹിക്കുന്നത് സ്വതസ്തു പരമാർത്ഥം നുഭവം അങ്ങനെ ആകാം എന്നാണ് അങ്ങനെയാണ് അനുഭവപ്പെടുന്നതും ബ്രഹ്മം ഏകമാണെന്ന് പറയുന്നത് ശരിയാണ് എന്തുകൊണ്ടത് പരമാർത്ഥം എന്നുള്ള നില അനേകമെന്ന് പറയുന്നതും ശരി തന്നെ ഇങ്ങനെ ഉപാധികളെ കൊണ്ട് ഉപാധികളെ അനേകമായിരിക്കുന്നു അതിനും ഒരു ശരിയുണ്ട് അതാണ് വ്യാവഹാരികമായ ശരി അങ്ങനെയും പറയാം രണ്ടോജിക്കുന്നതാണ് സ്വതസ്തു പരമാർത്ഥത്തിൽ എങ്ങനെയാണ് അശബ്ദം അസ്പർശം അരൂപമേയം തഥാരസം നിത്യം അകന്ധവച്ചയത് അതശബ്ദമാണ് അസ്പർശമാണ് അരൂപമാണ് അഗന്ധമാണ് അരസമാണ് അതാണ് അതിൻ്റെ സ്വഭാവം അവിടെ അത് ഏകമാണ് ഏകസ്വഭാവമാണ് പക്ഷെ അത് തന്നെയാണ് ശബ്ദവത്തായിരിക്കുന്നത് സ്പർശവത്തായിരിക്കുന്നത് രൂപവത്തായിരിക്കുന്നത് രസവത്തായിരിക്കുന്നത് ഗന്ധവത്തായിരിക്കുന്നത് അങ്ങനെ അത് നാനാണ് ഇവിടെ എന്ത് ചെയ്യുന്നു ശബ്ദാദിപി സഹ രൂപാണി പ്രതിഷിദ്ധിന്റെ ശബ്ദസ്പർശ രൂപരസഗഗന്ധങ്ങളെല്ലാം അത് നിഷേധിക്കുന്നു അത് ഏകമാണെന്ന് പറയുന്നു നനോ േണ യൂപത്തെ തവമ ബ്രഹ്മണോ നിരൂപണം തൂപം സൂപം എന്ന് പറഞ്ഞു ബ്രഹ്മത്തിൻ്റെ രുപം ബ്രഹ്മത്തിൻ്റെ സ്വപം അതെന്താണ് എനേവർമ്മേണ യൂപ്യത്തെ സദൈവത്തരൂപം ഇത് ലോകത്ത് കാണുന്ന ഒരു നിയമമാണ് ഏതൊരു ധർമ്മത്തിലാണോ ഒന്ന് പ്രകാശിക്കുന്നത് അതാണ് അതിൻ്റെ സ്വരൂപം അഗ്നി അഗ്നിയുടെ ധർമ്മം എന്താണ് പ്രകാശം ഉഷ്ണം അഗ്നി പ്രകാശമായും ഉഷ്ണമായും അനുഭവപ്പെടുന്നു അതുകൊണ്ട് അഗ്നിയുടെ സ്വരൂപം എന്താണ് പ്രകാശവും ഉഷ്ണവുമാണ് പറഞ്ഞത് ഏനൈവ ധർമ്മിയാണ് യദ്രൂപ്യതയെ അഗ്നി നമ്മൾ പറയുന്നു അത് ഉഷ്ണവും പ്രകാശവും ചേർന്നാണ് യദ്രൂപ്യതയെ അതങ്ങനെയാണ് അനുഭവപ്പെടുന്നത് പ്രകാശിക്കുന്നു നമ്മുടെ അനുഭവത്തിന് വിഷയമാകുന്നു എങ്ങനെയാണ് അത് അനുഭവത്തിന് വിഷയമാകുന്നു അതാണ് അതിൻ്റെ സ്വരൂപം പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളും എങ്ങനെയാണ് എങ്ങനെയത് അനുഭവപ്പെടുന്നുവോ അത് അതിൻ്റെ സ്വരൂപമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ബ്രഹ്മോപീന വിശേഷേന നിരൂപണം തദൈവത്ത സ്വരൂപം അങ്ങനെയാണെങ്കിൽ ബ്രഹ്മ ഏത് തരത്തിലും അനുഭവപ്പെടുന്നു അതായിരിക്കും ബ്രഹ്മത്തിൻ്റെ സ്വരൂപം അതിന് സമാനം പറയുന്നു യഥസ്യം ബ്രഹ്മണരൂപം ബ്രഹ്മസ്വരൂപം എങ്ങനെയാണ് അതെങ്ങനെ അനുഭവപ്പെടുന്നു അതെങ്ങനെ പ്രകാശിക്കുന്നു സമാനപ്പെടുന്നു ചൈതന്യം അതാണ് അതിൻ്റെ സ്വരൂപം ബ്രഹ്മസ്വരൂപം ചൈതന്യമാണ് ബോധസ്ഫുരണമാണ് ബ്രഹ്മസ്വരൂപം പൃഥിവാദീനം അന്യതമ വിപരിനത്താം ധർമ്മോ നോവത്തി അത് ആ ചൈതന്യം ബോധസ്ഫുരണം പൃഥിവ്യാദി ഭൂതങ്ങളുടെ ധർമ്മമല്ല പൃഥിവിധി ഭൂതങ്ങളിൽ ഓരോ ധർമ്മങ്ങൾ നമ്മൾ കാണുന്നു പൃഥിവി ഗന്ധവത്തായിരിക്കുന്നു ജലം സ്പർശവത്തായിരിക്കുന്നു അഗ്നി ഉഷ്ണവത്തായിരിക്കുന്നു അങ്ങനെയല്ല അല്ലെങ്കിൽ ഈ പല ഗുണങ്ങൾ ഒന്നിക്കാണുന്നു പൃഥിവിയിൽ തന്നെ പല ഗുണങ്ങൾ കാണുന്നു ജലത്തിൽ ഗന്ധം സ്പർശം രൂപമെല്ലാം കാണുന്നു വായുവിൽ സ്പർശം കാണുന്നു ഇങ്ങനെ പല ഗുണങ്ങൾ കാണും ചൈതന്യം ഇതിൻ്റെ ഗുണമല്ല ഇതെല്ലാം പരിണമിച്ച് കൂടിക്കലർന്ന് അനുഭവപ്പെടുന്ന ഭൗതിക വസ്തുക്കളുടെ ഗുണവുമല്ല അതിൻ്റെ ധർമ്മമായും ചൈതന്യം അനുഭവപ്പെടുന്നില്ല തഥ ശ്രോത്രാദീനം അന്ധക്കർണ്ണസിച്ച ധർമ്മി ശ്രോത്രാദി ഇന്ദ്രിയങ്ങളുടെ ധർമ്മമായി കാണുന്നില്ല അന്ധക്കരണത്തിന്റെ ധർമ്മമായി കാണുന്നില്ല ചൈതന്യം എന്തുകൊണ്ട് ചൈതന്യം അല്ലെങ്കിൽ ബോധസ്ഫുരണം ധർമ്മമായി കാണുന്നില്ല കാരണം ഇതെല്ലാം ബാഹ്യമാണ് അതുകൊണ്ട് ഇതിന്റെ ധർമ്മമല്ല എല്ലാം ബാഹ്യമായി അനുഭവപ്പെടുന്നു പൃഥിവി തുടങ്ങിയ തത്വങ്ങൾ ഭൂതങ്ങൾ ഭൗതിക വസ്തുക്കൾ സർവത്തെയും ഇതം എന്നാണ് അനുഭവപ്പെടുന്നതാണ് ബാഹ്യം എന്ന് പറയുന്നത് ഇത് എന്ന് ബാഹ്യമായി അറിയാൻ കഴിയും ബാഹ്യമായി എന്ന് പറയുമ്പോൾ എന്തിൽ നിന്ന് ബാഹ്യമായി എന്ന് ചോദ്യം ഈ കാണുന്ന സർവ്വതം എന്തിൽ നിന്നും ബാഹ്യമായി അറിയുന്നു ആന്തരികമായിരിക്കുന്നതിൽ നിന്നും ബാഹ്യമായി ആന്തരികമായിരിക്കുന്ന എന്താണ് ഈ ചൈതന്യസ്ഫുരണം ചൈതന്യസ്ഫുരണം ആന്തരികമായിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെല്ലാം ബാഹ്യമായി അറിയാൻ കഴിയുന്നത് ചൈതന്യസ്ഫുരണത്തിൽ നിന്നും ഏറിട്ടുള്ളൂ ആ ബോധസ്ഫുരണത്തിൽ നിന്നും ഏറിട്ടുള്ള സർവവും ഇതം എന്നറിയുന്നു അത് ബാഹ്യമായിരിക്കുന്ന തത്വങ്ങൾ മാത്രമല്ല മനസ്സുൾപ്പെടെയുള്ളത് മനസ്സിന് ആന്തരികമെന്ന് പറയുന്നു അതുകൊണ്ട് ബാഹ്യമായ തത്വങ്ങളപേക്ഷിച്ച് പക്ഷെ മനസ്സും ബാഹ്യമാണ് ചൈതന്യ സ്ഫുരണത്തെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളും ബാഹ്യമാണ് ഈ ചൈതന്യ സ്ഫുരണത്തെ അപേക്ഷിക്കുന്നത് കൊണ്ട് ആ ഇന്ദ്രിയങ്ങളെയും അറിയുന്നു ഇതം ഇതം മമചക്ഷു ഇതെന്റെ ചു ഇന്ദ്രിയമാണ് ഇതം മന ഇത് മനസ്സാണ് സർവത്ര ഇത് ഇതൊന്ന് ബാഹ്യമായി മനസ്സുൾപ്പെടെയുള്ള സർവത്തെ അറിയുന്നു ഇതെല്ലാം ബാഹ്യമായിരിക്കണമെങ്കിൽ ആന്തരികമായി ഒന്ന് വേണം ആന്തരികമായി ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിനും ബാഹ്യമാകാൻ പറ്റും അതെന്താണോ ആന്തരികമായിരിക്കുന്ന ഈ ബോധസ്ഫുരണം തന്നെ ആ ബോധസ്ഫുരണത്തെ അപേക്ഷിച്ച് ഭാഗ്യമായിരിക്കുന്നു ബോധസ്ഫുരണത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ട് ഭാഗ്യമാകുന്നു കാരണം ആ ബോധസ്ഫുരണത്തിൽ പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ ആ ബോധസ്ഫുരണത്തിന്റെ വിഷയമായിരിക്കുന്നു മനസ്സെന്ന് പറയുന്നത് കാമക്രോധാദികളും വികാര വിചാരങ്ങളും ചേർന്നാണ് അത് പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അതും ഈ ബോധസ്ഫുരണത്തിൽ പ്രകാശിക്കുന്നു അതുകൊണ്ട് ആ ബോധസ്ഫുരണത്തെ അപേക്ഷിച്ച് അത് ബാഹ്യമായിരുന്നു ആത്മാവായി സ്വസ്വരൂപമായി നിർദ്ദേശിക്കാൻ വയ്യ അതിനൊന്നിനെയും ആന്തരികമായ സ്വരൂപം എന്ന് പറയാൻ വയ്യത് സർവതും ബോധത്തിൽ പ്രകാശിക്കുന്നത് കൊണ്ട് ബോധം സർവാന്തരമായിരിക്കുന്നു മറ്റ് ബാഹ്യമായിരിക്കുന്ന സർവതും ഒന്നിനെ അപേക്ഷിച്ച് മറ്റ് ഒന്നാന്തരമായിരിക്കും പക്ഷേ സർവതും ബോധത്തിന് വിഷയമായിരിക്കുന്നു മനസ്സുൾപ്പെടെയുള്ള സർവതും അത് വിഷയമായതുകൊണ്ട് അത് ബാഹ്യമായി അതിനെ അപേക്ഷിച്ച് സർവത്തെ അപേക്ഷിച്ച് ആ ആന്തരികമായി അത് സർവാന്തരം എന്ന് പറയും സർവാന്തരമായതുകൊണ്ട് അത് സൂക്ഷ്മമായി സുസ്വരൂപമായി അതിനെ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ അതിനെ ബാഹ്യമാക്കാൻ എന്തുകൊണ്ട് അതിൽ സർവവും പ്രകാശിക്കുന്നു അതിൽ സർവവും പ്രകടമാകും ആന്തരിയങ്ങളായിരിക്കുന്ന മനസ്സും ഇന്ദ്രിയങ്ങളും ബാഹ്യങ്ങളായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ സർവവും അതിൽ പ്രകടമായിരിക്കും ഈ സ്വരൂപം സ്വസ്വരൂപം അതുകൊണ്ടാണ് പറയുന്നത് ചൈതന്യമാണ് അതിൽ സർവവും പ്രകാശിക്കുന്നുണ്ട് പറയുന്നത് ചൈതന്യമാണ് അത് ബോധസ്ഫുരണമാണ് അതാണ് ആത്മാവ് അത് ഒരിക്കലും ബാഹ്യവുമായിരിക്കുന്ന ഒന്നിൻ്റെയും ധർമ്മമല്ല മറ്റെന്തെങ്കിലും കൂടിച്ചേർന്നതുണ്ടാകുന്ന എന്തെങ്കിലും കൂടിച്ചേർന്നുണ്ടായാൽ അതെല്ലാം ബാഹ്യമായി പോകും പഞ്ചഭൂതങ്ങളും മറ്റും കൂടിച്ചേർന്നുണ്ടാകുന്നത് സർവവും ബാഹ്യമാണ് അതിനാരികമായിരിക്കാൻ കഴിയില്ല അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ് ശോത്രാധീനം അന്തക്കർണസ്യ ച ധർമ്മം ഇന്നഭവതി ഇന്ന് മന്ദക്കർണത്തിൻ്റെ ധർമ്മമല്ല ഇന്ദ്രിയങ്ങളുടെ ധർമ്മമല്ല പഞ്ചഭൂതങ്ങളുടെ ധർമ്മമല്ല ഇതെല്ലാം കൂടി കൂടിച്ചേർന്നുണ്ടാകുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഇതിന് സർവാന്തരമാകാൻ പറ്റ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിൽ മറ്റ് സർവ്വതും പ്രകാശിക്കത്തില്ല ഈ ബോധരൂപത്തിലുള്ള അനുഭവത്തിൽ ഇത് വെളിപ്പെടില്ല ഈ ബോധരൂപത്തിലുള്ള ഈ അനുഭവത്തിൽ പ്രപഞ്ചം വെളിപ്പെടുന്നതുകൊണ്ട് പ്രപഞ്ചം ഈ ബോധത്തിൽ നിന്നും വേറെയാണ് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സർവത്തെയും മനസ്സ് ഇന്ത്യങ്ങൾ ഉള്ള സർവത്തെയും ഇതം എന്നും ഈ ബോധത്വം മാത്രം അഹം എന്നും അറിയാൻ കഴിയും ഹംബോധം ആ സ്വസ്വരൂപ ബോധം സ്വസ്വരൂപമായിരിക്കുന്ന ബോധം അതാണ് ബ്രഹ്മത്തിൻ്റെ രൂപം ബ്രഹ്മത്തിൻ്റെ രൂപമെന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ പ്രകാശം ബ്രഹ്മത്തിൻ്റെ അനുഭവം അത് ഈ ബോധമാണ് യഥസ്യം ബ്രഹ്മണോ രൂപം ബ്രഹ്മണരൂപം ഇതി ബ്രഹ്മരൂപെ ചൈതന്യേന ബ്രഹ്മം പ്രകാശിക്കുന്നു ചൈതന്യ രൂപത്തിൽ ചൈതന്യം എന്ന് വെച്ചാൽ ബോധം ബോധസ്ഫുരണമായി അതുകൊണ്ടാണ് തത്വമസി എന്ന് പറയുന്നത് ത്വം എന്ന് പറയുമ്പോൾ ശ്രോതാവ് എങ്ങനെ ജനിക്കുന്നു അഹം ശ്രോതാവിനോട് ത്വം എന്ന് പറഞ്ഞാൽ ശ്രോതാവ് ഗ്രഹിക്കുന്നു അഹം അഹമെന്ന് ഗ്രഹിക്കാൻ ഒന്ന് മാത്രമേയുള്ളൂ ോധസ്ഫുരണം മാത്രം ബാക്കിയുള്ള സർവത്തെയും ഹിതമെന്നേ ഗ്രഹിക്കാൻ കഴിയും ആഹമെന്ന് ഏതിനെയാണോ ഗ്രഹിക്കുന്നത് അതാണ് ബ്രഹ്മരൂപിതെ ചൈതന്യ അതിൻ്റെ പൂർണ്ണതയില്ല കാരണം ആഹം ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും ശരീരത്തോടും ഒക്കെ താതാത്മ്യപ്പെട്ട് അനുഭവപ്പെടുന്നതുകൊണ്ട് അനുഭവത്തിൽ പൂർണ്ണതയില്ല അതാണ് അധ്യാസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതാണ് താൻ അത് തന്നെയാണ് ശ്രുതിയും പറയുന്നത് ഇപ്പൊ ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണോ ഈ സ്വരൂപം എന്ന് പറഞ്ഞാൽ ശ്രോതാവിന് അനുഭവിക്കാൻ കഴിയുന്ന സ്വരൂപം അതാണ് അത് ബാഹ്യമായുള്ള വസ്തുക്കളല്ല ആന്തരികമായിട്ടുള്ളതുമല്ല സർവാതരമായിരിക്കുന്ന ആ വിജ്ഞാനം തന്നെയാണ് ബ്രഹ്മസ്വരൂപം തഥാ ച ഉക്തം വിജ്ഞാനം ആനന്ദം ബ്രഹ്മ വിജ്ഞാനഘനവ സത്യജ്ഞാനം അനന്തം പ്രജ്ഞാനം ബ്രഹ്മ ഇതിച ബ്രഹ്മണോ രൂപം നിർദ്ദിഷ്ടം ശ്രുതിഷു ശ്രുതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ വിജ്ഞാനമാണ് അത് തന്നെയാണ് ആനന്ദം അത് വിജ്ഞാനഘനമാണ് ആ വിജ്ഞാനം തന്നെയാണ് സത്യം അതുതന്നെയാണ് പ്രജ്ഞാനം ആ സത്യം നമ്മൾ പിറന്നെന്തുകൊണ്ട് സർവത്തിലും പരിണാമം അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ഈ അഹംസ്ഫുരണത്തിൽ ഒരു മാറ്റം അനുഭവപ്പെടുന്നുണ്ട് അഹംസ്ഫുരണത്തെ ഇതമെന്ന് അറിയാൻ കഴിയുന്നുണ്ട് അതാണ് അതിൽ വരേണ്ട മാറ്റം തത് ഇതം ഏതത് ഇങ്ങനെ മാറി മാറി അനുഭവപ്പെടുന്നുണ്ട് അത് ഏത് രൂപത്തിൽ തന്നെ അഭിജ്ഞാൻ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഏതു രൂപത്തിൽ അനുഭവപ്പെടുന്നത് സത്യമായി മാറ്റാൻ വരാൻ വഴിയില്ല അങ്ങനെ ബ്രഹ്മത്തിന്റെ സ്വരൂപം അതി ആന്തരികമായിരിക്കുന്ന പ്രകാശം തന്നെ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശം തന്നെ അത് പുതുതായി അറിയേണ്ടതെന്നല്ല ശ്രുതി അതിനെ ഇത്രയും ബോധിപ്പിക്കുന്നത് എന്താണ് പുതിയതായി അറിയാൻ പറയുകയല്ല അതിനെ ബ്രഹ്മമായി ബോധിപ്പിക്കുന്നു തത്വം എന്നാണ് നിന്നെ അതായി ബോധിപ്പിക്കുകയാണ് അതാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുകയാണ് അറിയാത്തവധിപ്പിക്കുകയല്ല അതിന്റെ നിത്യതയെ അനന്തതയെ ആനന്ദരൂപത്തെ ഇതൊക്കെയാണ് ഈ ശ്രുതി ബോധിപ്പിക്കുന്നത് അജ്ഞാതമായി ഒന്നിനെ ോധിപ്പിക്കുകയാണ് നിർദ്ദിഷ്ടം ശ്രദ്ധിഷ്ടവും അതുകൊണ്ട് ഈ പരമാർത്ഥ തത്വത്തെ ഇങ്ങനെ ബോധിപ്പിച്ചിരിക്കുന്നു സത്യം ഏവം തഥാപി ശരീരന്യാണം ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് അത് സർവാന്തരമായതുകൊണ്ട് ബ്രഹ്മം തുടങ്ങിയ ശബ്ദങ്ങൾ വന്നെങ്കിലും ഇത് അന്യമായ ഒരു കാര്യമുണ്ട് സ്വനുഭവത്തിൽ നിന്ന് അന്യമായ ഒന്നിനായിട്ട് ബോധിപ്പിക്കുന്നു അനുഭവ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ജീവന്റെ ഉള്ളിൽ വിളങ്ങുന്നതാണോ അത് അതിൻ്റെ വിശേഷതകളെ ബോധിപ്പിക്കുന്നു സർവാന്തരത്വം തഥാപി അത് എല്ലാം സത്യമാണെങ്കിലും അത് അധക്കരണ ദേഹം ഇന്ദ്രിയ ഉപാധി ദ്വാരേണ വിജ്ഞാനാദി ശബ്ദി നിർദ്ദേശിച്ചത് പക്ഷെ വിജ്ഞാനം തുടങ്ങിയ ശബ്ദങ്ങളിലൂടെ അതിനെ നിർദ്ദേശിക്കുമ്പോൾ ആ ശബ്ദത്തിലൂടെ അതിൻ്റെ പൂർണതയെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അതാണ് ഇവിടുത്തെ ന്യൂനത എന്തുകൊണ്ട് അന്ധക്കരണം ദേഹം ഇന്ദ്രിയം തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ച് ആ പ്രകാശത്തെ ആ പ്രകാശം പ്രകാശിക്കുന്നുള്ളു അതുകൊണ്ട് ആ പ്രകാശത്തെ നമുക്ക് ഗ്രഹിക്കാനും കഴിയുന്നുള്ളു അഹം സ്ഫുരണം അത് ഈ ശരീരത്തോട് ചേർന്നേ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുള്ളു ഞാൻ ഇന്നാര് ഇങ്ങനെ ഞാൻ പുരുഷൻ ഞാൻ സന്യാസി ഞാൻ ബാലൻ ഞാൻ യുവാവ് ഞാൻ വൃദ്ധൻ ഞാൻ സ്ത്രീ ഇങ്ങനെ അഹംസ്ഫുരണത്തെ ശരീരം അതുപോലെ ഇന്ദ്രിയങ്ങളോട് ചേർ എൻ്റെ മനസ്സ് ഞാൻ മനസ്സിനോട് ചേരുന്നു എൻ്റെ ഇന്ദ്രിയങ്ങൾ എൻ്റെ സങ്കല്പങ്ങൾ എൻ്റെ വികാരങ്ങൾ എൻ്റെ കാമക്രോധാദികൾ ഇങ്ങനെ ഇവയോട് ചേർന്ന് മാത്രമേ ഈ അഹംസ്ഫുരണത്തെ ദരിക്കാൻ കഴിയുന്നുള്ളൂ അതാണ് അന്ധക്കുന്ന ദേഹ ഇന്ദ്രിയ ഉപാധി ദ്വാരേ ഇപ്പോൾ വിജ്ഞാനം ജ്ഞാനം ബോധം അറിവ് എന്നെല്ലാം പറയുന്നിടത്തും ആ ശബ്ദങ്ങളെ കൊണ്ടൊന്നും ഇതിൻ്റെ ആ തനിമയെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല ഇതിൻ്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല ഉപാധികളോട് കൂടി പ്രകാശിക്കുന്ന ഇതിനെ വെളിപ്പെടുത്താൻ കഴിയുന്നുള്ളൂ അതുകൊണ്ടാണ് ശബ്ദത്തിന് ഇതിനെ പ്രകാശിപ്പിക്കുന്നതിന് ശേഷിയില്ല എന്ന് പറയുന്നത് വിജ്ഞാനാദി ശബ്ദയും നിർദ്ദേശിച്ചതേ തനുകാരിത്വ എന്തുകൊണ്ട് ഇത് ഈ ഉപാധികളെക്കനുസരിച്ചേ അനുഭവപ്പെടുന്നുള്ളൂ ഞാൻ എനിക്ക് എന്നും യുവാവായിരിക്കാൻ കഴിയുന്നില്ല ഞാൻ വൃദ്ധനാകുന്നു എൻ്റെ ശരീര ധർമ്മത്തിനനുസരിച്ചേ ഞാൻ എനിക്കനുഭവപ്പെടുന്നുള്ളൂട്ടതനുകാരിത്വ അതിനനുസരിച്ചത് അനുഭവപ്പെടുന്നു ഇപ്പം ഞാൻ ജനിക്കുന്നു ഞാൻ മരിക്കുന്നു വാസ്തവത്തിൽ ഈ ഞാൻ ആ കേവലമായ ശുദ്ധമായ ബോധസ്ഫുരണമാണെങ്കിലും ഇതിൻ്റെ ശരീരബന്ധത്തെ വിട്ടിട്ടെനിക്ക് ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല അവിടെയാണ് തകരാറ് തതനുകാരിത്വ ദേഹാദിബുദ്ധി സങ്കോചേദാദി നാശേഷി ചനസ്വത അപ്പോൾ ആ ദേഹാദിബുദ്ധികളുടെ പ്രതിഷേയങ്ങൾക്കനുസരിച്ച് ഉത്പത്തിനാശങ്ങൾക്കനുസരിച്ച് അഹംസ്ഫുരണം ഇതിൽ നിന്ന് ഉപയോഗിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതിനോട് ചേർന്ന് അനുഭവപ്പെടുന്നതുകൊണ്ട് ഈ ഈ അഹംസ്ഫുരണം ഇത് പരമാർത്ഥമാണെന്നോ സത്യമാണെന്നോ ഇതാണ് പരമമായ ആനന്ദമെന്നോ ഇതാണ് പരമമായ ശാന്തിയെന്നോ ഒന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല ഇവിടെ എന്താണോ ഈ ആത്മ അനാത്മ മിശ്രണം ജഡവും ഈ ചിത്തും തമ്മിലുള്ള മിശ്രണം ജഡക്കിലന്തി അത് സംഭവിച്ചിരിക്കുന്നു അതിൽ നിന്ന് എനിക്ക് എന്നെ മോചിപ്പിക്കാൻ കഴിയുന്നില്ല അതിനോട് മാത്രമേ എനിക്ക് ഞാൻ വെളിപ്പെടുന്നുള്ളൂ ഇതാണ് ഇവിടുത്തെ തകരാറ് വാസോദരി ചൈതന്യം തന്നെയാണ് ഇതിനപ്പുറം ഈ സദാസ്മുരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചൈതന്യത്തിനപ്പുറം വിശ്രുതിക്കൊന്നിനെയും ബോധിപ്പിക്കാനില്ല ശ്രുതി ഇതിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത് നസ്വത പക്ഷെ അത് സ്വത പ്രകാശിക്കുന്നില്ല ഈ ജടബന്ധം കൂടാതെ ഇത് അനുഭവപ്പെടുന്നില്ല ഈ കേവലമായിരിക്കുന്ന അഹാസ്ഫുരണത്തിൽ പോലും സൂക്ഷ്മമായ ആ ജഡബന്ധം വന്നു കഴിഞ്ഞു മനസ്സിൻ്റെ മനസ്സിൻ്റെ ആ ജഡബന്ധം വന്നതുകൊണ്ടാണ് അഹം ആ ബോധസ്ഫുരണത്തിന് തന്നെ അങ്ങനെ ഒരു ആകാരം വരുന്നു മമ അടുത്ത മറ്റൊരു രൂപം വരുന്നു അഹന്ത മമത രഹിതമായി കേവലമായ പ്രകാശമായി അത് നിലനിൽക്കുന്നുണ്ട് പരമാർത്ഥത്തിലാണെങ്കിലോ രുപാധികമായ അപ്രകാശം ഉപാധിരഹിതമായ പ്രകാശം അതിനാണ് ഇവിടെ ആത്മബോധം അല്ലെങ്കിൽ ആത്മനിഷ്ഠ എന്ന് പറയുന്നതാണ് അതാണ് ശിഷ്യൻ വരേണ്ടത് അത് ആ നിലയിൽ എന്താണ് ഇത് വിദിത അവിദ്യതങ്ങൾക്കപ്പുറമാണ് അതിനെ സംബന്ധിച്ച് സുഷ്ടുവേദ എന്ന് പറയാൻ കഴിയില്ല ഉപാധികളിലൂടെയുള്ള ഈ അറിവിനെയാണ് പറയുന്നത് സുഷ്ടുവേദ എന്ന് പറയുന്നത് അതാണ് പരമാർത്ഥം അപ്പോൾ അത് ഈ ഉപാധി ബന്ധങ്ങൾ വിടുമ്പോൾ ശേഷിക്കുന്നു എന്ന് അതിനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെയാണോ ജാഗ്രസ്വപ്നം ബന്ധങ്ങളെല്ലാം വിടുമ്പോൾ സുഷുപ്തിയിൽ അവൻ പ്രജ്ഞാന ഖനനായിരിക്കുന്നത് അതുപോലെ എല്ലാ അവസ്ഥകളും വിടുമ്പോൾ അങ്ങനെ വിട്ടിട്ടൊരവസ്ഥ ഉണ്ടാകുമോ എന്ന് സംശയിക്കാം ഈ ഒരു അനുഭവത്തിൽ അനുസൃതമായി നമ്മൾ തുടർന്നിരിക്കേ അഹംസ്ഫരണത്തിന് സദാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഇതിനെ വിട്ട് പിന്നെ ശേഷിക്കുമോ നിലനിൽക്കുമോ അതിന്റെ അവിടെ ഈ ജഡബന്ധത്തെ വിട്ടിട്ട് ശേഷിക്കുന്നു അതുപോലെ ആ ഒരവസ്ഥയും വിട്ടിട്ട് സുപ്തമായ അവസ്ഥയും വിട്ടിട്ട് ശേഷിക്കുന്നത് അജ്ഞാനനാശത്തിന് ശേഷിക്കുന്നത് അതാണ് പരമാർത്ഥം അതാണ് എൻ്റെ സ്വതപ്രകാശം എന്ന് പറയുന്നത് ആ സ്വതപ്രകാശത്തിലൂടെ ബ്രഹ്മ അനുഭവം അത് യുക്തിക്കും അനുഭവത്തിനും യോജിക്കുന്നതാണ് സ്വതസ്തു അവിജ്ഞാതം വിജാനത വിജ്ഞാതം അവിജാനതാം വിധി സ്ഥിതം ഭവിഷ്യതി പരമാർത്ഥം അതാണ് അവിജ്ഞാതം വിജാനത വിജ്ഞാതം അവിജാന യഥസ്വ ബ്രഹ്മണരൂപം വിധി പൂർവീണ സംബന്ധം വീണ്ടും പറഞ്ഞു യഥസ്വ ബ്രഹ്മണോ രൂപം അതെന്താണെന്ന് നീ അല്പമാണ് അറിഞ്ഞിരിക്കുന്നത് സർവവ്യാപകമായിരിക്കുന്ന ഈ ചൈതന്യത്തെ സർവവ്യാപകമെന്ന് പറയുമ്പോൾ സർവാന്തരം എന്ന് പറയുമ്പോൾ ജീവന്മാരിൽ ദേവന്മാരിലും മനുഷ്യരിലും സർവത്ര സർവപ്രാണികളിലും ഇരിക്കുന്ന ഈ ചൈതന്യത്തെ ഈ ജഡബബന്ധം കൂടാതെ അജ്ഞാനശൂന്യമായി ഗ്രഹിക്കാൻ നിനക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിൽ അത് പ്രകാശിക്കുന്നില്ല നിന്നിൽ അധ്യാമപാധിപരിച്ഛിന്നൂപം ഇതൊരു പരിച്ഛി ദു വേധവം തദപരമേ മഞ്ഞേഹം അപ്പോൾ ജീവന് തന്നെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട് തന്നെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിലും അവന് ഈ ശരീര മനസ്സുകളിൽ നിന്നും വേറിട്ട തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല തൻ്റെ തനിമയിൽ അവന് നിൽക്കാൻ കഴിയുന്നില്ല എന്ന ബന്ധങ്ങളെല്ലാം വേർപെട്ട ആ പ്രകാശമായിരിക്കാൻ അവന് കഴിയുന്നില്ല പ്രകാശമായിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ സ്വയം ആ പ്രകാശമായിരുന്നു കൊണ്ട് അതിൽ ഈ ബന്ധങ്ങളെ കാണാൻ അവന് കഴിയുന്നില്ല അവന് പരമാവധി ചിന്തിക്കാൻ കഴിയുമെന്നുള്ള അവന് ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നു കരുതുന്ന ദേവന്മാരെ സംബന്ധിച്ചു പോകണം അവിടെയും ദേവൻ പ്രകാശിക്കുന്നവനാണ് സ്വയം പ്രകാശിക്കുന്നവന ദേവന്മാർ ആ ദേവന്മാരെ അലൗകികമായിട്ടാണ് അവൻ സങ്കല്പിക്കുന്നത് നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവരായിട്ടാണ് എന്തായാലും തന്നെക്കാളും ശ്രേഷ്ഠം അതാണ് ദേവസങ്കല്പം ആ ദേവസങ്കല്പത്തിൽ പോലും അതിൻ്റെ പൂർണ്ണതയെ കാണാൻ കഴിയുന്നില്ല അവിടെയും ഉപാധികളോടുകൂടിയിരിക്കുന്ന ശക്തിവിശേഷങ്ങളെയാണ് അവൻ ദേവനായി കണ്ട് സ്തുതിച്ച് ആരാധിക്കുന്നത് തന്നിലെ പൂർണ്ണത കണ്ടെത്താത്തവന് മറ്റൊരിടത്തും എത്ര മഹത്വമുള്ളതായാലും ശരി അവിടെ പൂർണ്ണത കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നതിൻ്റെ തത്യം അത് തന്നിൽ കണ്ടാലേ പറ്റും നമുക്ക് ഈ ലോകത്ത് എന്തിലെങ്കിലും ആരില്ലെങ്കിലും എപ്പോഴെങ്കിലും പൂർണ്ണത കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരിക്കലും കഴിയത്തില്ല കാരണം തന്നിൽ ആ ന്യൂനത ഇരിക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തം ഗുരുവിൽ പോലും പൂർണ്ണത കാണാൻ കഴിയത്തില്ല ഒരിക്കലും കണ്ടിട്ടുമില്ല തന്നിൽ അപൂർണത ഇരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും അത് കാണത്തുമില്ല അവിടെയും നമ്മൾ അപൂർണതകൾ അപൂർണതകൾ ഒരു അങ്ങനെ ആയിരുന്നില്ല പ്രവർത്തിക്കേണ്ടിയിരുന്ന അങ്ങനെ ആയിരുന്നില്ല സംസാരിക്കേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നില്ല പ്രവർത്തിക്കേണ്ടിയിരുന്നത് ഇത്തരത്തിൽ അപൂർണതകൾ അവിടെ കാണും സർവ മനുഷ്യരിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആ നമ്മൾ ഗുരുവിനെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ് അതിൽ വല്ലപ്പോഴും അത്ര പൂർണ്ണതകൾ കാണുന്നത് കൊണ്ടാണ് സർവത്ര പൂർണ്ണത കാണുന്നൊണ്ടാണ് അത് കാണാൻ കഴിയുന്നില്ല എവിടെയെങ്കിലും ശരിക്കും പക്ഷെ തന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലെങ്കിലും അപൂർണതകൾ അവിടെ കണ്ടെത്തും മറിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെന്നെ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചു നമ്മൾ അവിടെ തിരുത്തും അത് തിരുത്തുന്നതിന് നമുക്ക് അർഹതയില്ലെങ്കിലും നമ്മൾ തിരുത്താൻ ശ്രമിക്കും അപൂർണത എന്തുകൊണ്ട് മനഃപൂർവമല്ല സ്വന്തം ആണ് കാരണം തന്നിൽ അപൂർണതയില്ല പറയുന്നു നിനക്ക് നിന്നിൽ പൂർണ്ണത കാണാൻ കഴിയില്ല നീറ്റവും ശ്രേഷ്ഠവും ദിവ്യവും അനൗകൃവുമാണെന്ന് കരുതുന്ന ദേവന്മാരിൽ കൂടി നിനക്ക് അപൂർണത പൂർണ്ണ ചൈതന്യപ്രകാശം കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് കേവലമായ നിരുപാധികമായ ചൈതന്യമായി കാണാൻ കഴിയുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും കാണാൻ കഴിയും ഗുരുവിനാർക്കെങ്കിലും കാണാൻ കഴിയുമോ നിരുപാധികമായ കേവലമായ ചൈതന്യമായിട്ട് കഴിയില്ല എന്തുകൊണ്ട് താൻ സ്വയം ചിരിക്കുകയും തരയുകയും ചെയ്യുന്നവനാണ് ആശയും നിരാശയും ഉള്ളവനാണ് അതുകൊണ്ട് തൻ്റെ ഗുരുവിനെ തൻ കാണുന്നത് അങ്ങനെയായിരിക്കും ചിരിക്കുകയും കരയുന്ന സന്തോഷിക്കുന്നവനും സന്താപ്യമുള്ളവനുമായിട്ടല്ലേ കാണുന്നത് അതാണ് അപൂർണമായി കാണുന്നതെന്ന് പറയും അതിനപ്പുറം കാണാൻ കഴിയുന്നത് രാഗദ്വേഷങ്ങളുള്ളവനായിട്ടല്ലേ കാണുന്നത് എന്നോട് ഇഷ്ടമുള്ളവൻ എന്നോടനിഷ്ടമുള്ളവൻ അന്യനോട് ഇഷ്ടമുള്ളവൻ അന്യനോട് അനിഷ്ടമുള്ളവൻ ശിഷ്ടന്മാരോട് സ്നേഹമുള്ളവൻ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നവൻ ഇങ്ങനെ കാണാൻ കഴിയും അതാണ് ഞാൻ അപൂർണതയിലെ കാണാൻ കഴിയും പക്ഷെ അതുപോലെതുണോ ഒരു തത്വം അതല്ല ദേവതത്വം അതല്ല അവിടെ കുറഞ്ഞപക്ഷം നമുക്ക് നിഗ്രഹാനുഗ്രഹ ശക്തി ഉള്ളവനായിട്ട് എങ്ങനെ സങ്കല്പിക്കേണ്ടി വരും ദേവനെ സംബന്ധിച്ച് അങ്ങനെയാണെന്ന് അതുകൊണ്ടാണ് നമ്മൾ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യും നമ്മളെന്ത് കരുതുന്നു ആ ദേവന് നിഗ്രഹാനുഗ്രഹ ശക്തികളുണ്ട് ഗുരുവിനെ എന്തുകൊണ്ടാണ് പൂജിക്കുന്നത് ഭയന്നിട്ടാണ് നിഗ്രഹാനുഗ്രഹശക്തികളുണ്ടെന്ന് കരുതിയിട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ അത് പൂർണ്ണതയാണ് അവിടെ അത് ഭയത്തിൻ്റെ സ്ഥാനമാണ് അല്ലല്ലോ എന്നാലും ഭയുന്നു അത് ഭയഹേതുവാണ് ഭയഹേതുവല്ലാത്തതിനെ ഭയതു അപ്പൊ അത് അപൂർണതയാണ് പരമാർത്ഥമല്ല അപ്പൊ തന്നിൽ ആ പരമാർത്ഥത്തെ കാണാത്തവന് ഒരിടത്തും പരമാർത്ഥത്തെ കാണാൻ കഴിയില്ല ദേവനിലും കാണാൻ കഴിയില്ല ഗുരുവിനും കാണാൻ കഴിയില്ല അതുകൊണ്ട് പറയും യഥസ് ബ്രഹ്മണരൂപം നീ നിന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചില്ല അപ്പോൾ സാക്ഷാത്കരിക്കാത്തടത്തോളം കാലം ദേവേഷു ദേവന്മാരെല്ലാം നിനക്ക് ഈ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഒരിടത്തും ഒരിടത്തും നീ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നില്ല ഒന്നിനെയും നീ സത്യമായി കാണുന്നില്ല നീ സർവത്തെയും അസത്യമായി തന്നെ കാണുന്നു നീ സർവത്തെയും മായാമയമായി തന്നെ കാണുന്നു ഒന്നിനെയും പരമാർത്ഥമായി ബോധിക്കുന്നില്ല ഗുരുവിനെയും മായാമയമായിട്ടാണ് കാണുന്നത് യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നില്ല എന്നാലും മിഥ്യയായി വർഷമായി ധരിക്കുന്നു ഞാൻ ഗുരുവിനെ അറിയുന്നു ഗുരുവിനെ ആരാധിക്കുന്നു പൂജിക്കുന്നു ഇതെല്ലാം അസംബന്ധമാണോ അത് നിന്നെ അറിയാത്രത്തോളം കാലം മറ്റൊന്നും സാധ്യമല്ല ഒരു മായികമായ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ മാത്രം മാത്രം പരമാർത്ഥത്തെ അറിഞ്ഞിട്ടല്ല സിബ്രഹ്മണ രൂപം ദേവേഷു വേദ ത്വം തഥ വിനൂനം ദഹരം ഏവ ഇന്ന് എല്ലാത്തിനെയും അറിയുന്നത് അല്പമായിട്ടാണ് ന്യൂനമായിട്ടാണ് ഇനി മന്യഹം ആചാര്യൻ പറയുന്നു എന്നാണ് എൻ്റെ അനുഭവം എന്തുകൊണ്ട് ആചാര്യൻ എന്ന് പറയുന്നത് തന്നിൻ്റെ പൂർണ്ണത അറിയുന്നവൻ സ്വയം പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കുന്നവനാണ് അതുകൊണ്ട് നിന്റെ ഈ അല്പമായ അറിവിൽ നീ ഒന്നിനെയും ഒന്നിൻ്റെയും പൂർണത നിനക്ക് വെളിപ്പെടുന്നില്ല നിന്നുള്ള പൂർണ്ണതയും വെളിപ്പെടുന്നില്ല എന്നിട്ടും നീ പറയുന്നത് എന്താണോ ഞാൻ സുവേദ ഞാൻ വ്യക്തമായി അറിയുന്നു അത് ശരിയല്ല എന്നാൽ ഏത് അധ്യാത്മം യഥാത് അതിദൈവം തഥി ദൈവേഷു ഉപാധി പരിഛന്നത്വ ദഹനത്വ നന്ദതേ നിന്റെ ഈ അത്പജ്ഞത അതില്ലാതാകുന്നില്ല നിന്റെ സത്തി സാക്ഷാത്കരിക്കാത്തിടത്തോളം കാരണം ഈ ലോകത്തെ സംബന്ധിച്ചുള്ള നിന്റെ അജ്ഞത അപൂർണത ആ ലോകത്തിൽപ്പെടുന്നതാണ് ഗുരുവും ദേവന്മാരുമെല്ലാം അത് നിവർത്തിക്കുന്നില്ല എന്നാൽ ഞാൻ അതിൽ തന്നെ കഴിയുകയാണ് എന്നിട്ടും പറയുന്നുണ്ടാണ് ഞാൻ അറിയുന്നു ഗുരുവിനെ അറിയുന്നു ദേവനെ അറിയുന്നു എന്നെ അറിയുന്നു അത് ശരിയല്ല എന്നാൽ ഏത് അധ്യാത്മം എന്നത് അതിദൈവം തന്നെ സംബന്ധിച്ചുള്ള അറിവ് അധ്യാത്മം ആതിദൈവം ദേവന്മാരെ സംബന്ധിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ അതിൽ അതീന്ദ്രിയമായ അലൗകികമായ അറിവ് പറയും ഗുരുൾപ്പെടെയുള്ള തന്നെ സംബന്ധിച്ച് അതീന്ദ്രിയമായിരിക്കുന്ന തത്വങ്ങളെല്ലാം അതിദൈവമാണ് കേവലം ദേവതകളെ ഇന്ദ്രനെയും ചന്ദ്രനെ കുറിച്ച് മാത്രം പറയുന്നത് തഥപി ദേവേഷ് ഉപാധി പരിച്ഛിന്നവ അതും എന്താണ് ഉപാധി പരിച്ഛിന്നമാണ് നീ തന്നെ സങ്കല്പിക്കുന്ന ഉപാധികളിലൂടെ നീ വെളിപ്പെടുത്താൻ നിരുപാധികമായിട്ടില്ല ഓരോരുത്തർക്കും ഗുരു വെളിപ്പെടുന്നത് എങ്ങനെയാണ് അവരവരുടെ സങ്കല്പത്തിനനുസരിച്ചാണ് ദേവൻ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ് അവനവൻ്റെ സങ്കല്പമനുസരിച്ചാണ് അതാണ് ഉപാധികൾ തനിക്കെങ്ങനെയാണോ ഇപ്പോൾ തൻ്റെ സങ്കല്പങ്ങൾ ഉപാധിയായിരിക്കുന്നത് അതുപോലെ ഈ സങ്കല്പങ്ങളോടുകൂടി ചേർന്ന് താൻ സങ്കല്പിക്കുന്ന ഉപാധികളാണ് ഗുരുവും ദേവനും കണ്ട അവിടെയെന്നും പൂർണതയില്ല അതുകൊണ്ട് പരിചിന്നവഹരത്വ അതെല്ലാം അൽപമാണ് നിന്റെ അറിവ് അൽപജ്ഞതയാണ് അത് ഏതിനെ സംബന്ധിച്ചായാലും എന്നെ ശരി ഗുരുവിനെ സംബന്ധിച്ചായാലും ശരി ദേവനെ സംബന്ധിച്ചാലും ശരി എന്നാ നിവർത്തതേ അത് നിവർത്തിച്ചിട്ടില്ല അത് തത്വശ്രവണം കൊണ്ട് നിവർത്തിച്ചിട്ടില്ല നിവർത്തിച്ചിരുന്നെങ്കിൽ നീ ഇവരുതെ പൂർണത അവകാശപ്പെടുത്തുന്ന എന്താണ് ഞാൻ പൂർണനായിരിക്കുന്നു പൂർണമായി അറിഞ്ഞിരിക്കുന്നു എന്നൊന്നും വെറും അവകാശവാദം അതുന്നയിക്കില്ല എന്നാണ് എത്തു വിധ്വസ്ത സർവോപാധിവിശേഷം ശാന്തം അനന്തം ഏകം അദ്വൈതം ഭൂമാക്യം നിത്യം ബ്രഹ്മ നിപ്രായ മറിച്ച് വിധ്വസ്ത സർവോപാധി വിശേഷ സർവോപാധികളും നശിച്ച ഞാനെന്നുള്ള ഉപാധികൾ അന്യനെന്നുള്ള ഉപാധി ദേവൻ എന്നുള്ള ഉപാധി ഗുരുവെന്നുള്ള ഉപാധി അവിടെ നമ്മൾ കൽപ്പിക്കുന്ന നിഗ്രഹാനുഗ്രഹ ശക്തികൾ ഈ സർവോപാധികൾ സർവോപാധി വിശേഷം അസ്തമിച്ചത് അത് തന്നെ തന്നിൽ അസ്തമിച്ചാലേ പറ്റും തന്നിലെ ഈരൾ അസ്തമിച്ചാലേ ലോകത്തിൻ്റെ ഈരൾ അസ്തമിക്കത്തുള്ളൂ അത് തന്നിൽ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണോ ശാന്തം അനന്തം ഏകം അദ്വൈതം അതാണ് ശേഷിക്കുന്നത് അവിടെ ഈ ഭ്രാന്ത കൽപ്പനകൾക്കൊന്നും സ്ഥാനമില്ല അദ്വൈതത്തിൽ നിലനിൽക്കുന്ന കൽപ്പനകളൊന്നും പിന്നെ അവിടെ നിലനിൽക്കുന്നുണ്ടോ ഭേദബുദ്ധി നശിക്കുന്നു അതു പിന്നെ എന്താണ് ഭൂമ സർവവ്യാപകമാണ് അവിടെ ഭേദമില്ല നിത്യം അവിടെ ഈ മാറി മാറി വരുന്ന കൽപ്പനകൾക്കനുസരിച്ച് അല്ല അതാണ് ദേവന സങ്കൽ സങ്കല്പങ്ങളും ഗുരുസങ്കല്പങ്ങളുമല്ല നമുക്ക് മാറി മാറി വരും ദേവൻ അനുകൂലനായി വരുന്നു പ്രതികൂലനായി വരുന്നു ഗുരു അനുകൂലമായിരിക്കുന്നു പ്രതികൂലമായിരിക്കുന്നു ഇഷ്ട അനിഷ്ടരൂപത്തിലിരിക്കുന്നു ഇത്തരം സങ്കല്പങ്ങളൊന്നും എന്താണോ ഇല്ലാത്തതാണ് നിത്യം സങ്കല്പരഹിതമായിരിക്കുന്നു അതാണ് ബ്രഹ്മം അതാണ് സ്വരൂപം അതാണ് എന്ന് പറഞ്ഞ കേവലമായ ബോധസ്ഫരണം അതിനെ സംബന്ധിച്ച് സുസംവേദ്യ ഒന്നും നിനക്ക് പറയാൻ കഴിയത്തില്ല ഞാനിതാ വ്യക്തമായി ധരിച്ചിരിക്കുന്നു എന്ന് തൻ്റെ അജ്ഞതയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയില്ല അങ്ങനെ തന്നെ ബോധ്യപ്പെടുത്താനോ വ്യഥമായി മറ്റാരെയെങ്കിലും ബോധ്യപ്പെടുത്താനോ ശ്രമിക്കത്തില്ല ഇവിടെ ശിഷ്യനെന്താണോ അത് ഗുരുവിനെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഗുരു സ്വയം സർവദൃക്കായിരിക്കും അപ്പം പിന്നെ ഗുരുവിനെന്തെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്നാലും ഗുരുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇവിടെ പോയി ശിശുരന്ത ജ്ഞാനം കൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു നമ്മളെന്ത് ചെയ്യുന്നു നമ്മുടെ കർമ്മങ്ങളെക്കൊണ്ട് പ്രവൃത്തികളെക്കൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് എല്ലാം നമ്മൾ ഗുരുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ഇവിടെ ശിശുരന്ത ആശയം കൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സുസംവേദ്യം പറയുന്നു അത് എൻ്റെ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട സുസംവേദ്യം അത് ശരിയല്ല അതൊന്നും പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും ഗുരു സന്നിധിയിൽ അത്തരം ബോധ്യപ്പെടുത്തലുകൾ യാതൊരു പ്രവർത്തിയില്ല വിത്യഭിപ്രായ യഥാ ഏ മധു തസ്മാധ്യാപി മീമാംസ്യം വിചാര്യമേവ തേത്തവ ബ്രഹ്മ പ്രജാപതി ഇന്ദ്രനോട് പറഞ്ഞതുപോലെ എന്റെ ഉപദേശം കേട്ട് നീ ശാന്തനായി പക്ഷേ അതുകൊണ്ട് എന്നെ അവസാനിച്ചു എന്ന് കരുതുന്നുണ്ട ഇനിയും നിനക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഇനിയും മനനം തുടർന്നിടേണം എന്നോട് പറയുന്നു വിചാരിയമേവ എത്തൈവ കാര്യങ്ങളിങ്ങനെയാണ് ഇതുവരെ ഞാൻ പറഞ്ഞതാണ് വാസ്തവ സ്ഥിതി അതുകൊണ്ട് മന്യേ ഞാൻ കരുതുന്ന എന്താണ് അധ്യാപി ഇനിയും എന്നിട്ടും ഇത്രയെല്ലാം ഉപദേശിച്ചിട്ടും ഇത്രയെല്ലാം നീ തത്വം ശ്രമിച്ചിട്ടും നിൻ്റെ ഈ പ്രകടനങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താണോ മീമാംസ്യം വിചാരിമേ വാണീ അന്യനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു പറഞ്ഞു അതാണ് ഇവിടുത്തെ താരാർ ശിഷ്യൻ ഗുരുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്തിനാണ് ബോധ്യപ്പെടുത്തുന്നത് തൻ്റെ മഹത്വത്തെ എന്താണ് ആ മഹത്വം ആത്മജ്ഞാനത്തിൻ്റെ മഹത്വം അതാണ് പറഞ്ഞെന്താണ് എനിക്ക് വ്യക്തമായും ബോധ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ഇതാർക്കാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ് ഗുരുവിനെയോ അല്ലെങ്കിൽ ഈശ്വരനെയോ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇനി നീ ചിന്തിക്കണം ഇതൊക്കെ എന്തിനു വേണ്ടിയാണോ ഇതാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗുരുവിനെ ബോധ്യപ്പെടുത്തിയാൽ എന്താണ് ഗുരുവിന്റെ പ്രശംസ അംഗീകാരം അതിനുവേണ്ടിയിട്ടേ നമ്മൾ കിടന്ന് പണിയെടുക്കുന്നു പോത്തിനെ പോലെ പണിയെടുക്കുന്നു ഗുരുവിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ഗുരുവിൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി പരമാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ആവശ്യമില്ല ഗുരു സർവദൃക്കാണ് അവിടെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഭക്തന്മാരെയായിരിക്കും അവരുടെ അംഗീകാരത്തിന് വേണ്ടി അവരുടെ സമ്മാനം ബഹുമാനം അതിനുവേണ്ടി വൈദ്യ ബോധ്യപ്പെടുത്തലുകളല്ല അന്യനെ ബോധ്യപ്പെടുത്തൽ ആദ്യം അന്യനാണെന്നുള്ള തോന്നൽ അതിൽ നിന്ന് വരുന്ന ഈ ബോധ്യപ്പെടുത്തൽ അംഗീകാരത്തിനും ബഹുമാനത്തിനും വേണ്ടിയുള്ള ഈ ബോധ്യപ്പെടുത്തലുകൾ ഇതൊക്കെ അസംബന്ധമാണോ ഇതൊക്കെ വളരെ തുച്ഛമായ അല്പമായ അവിവേകമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഗുരു അത് തിരിച്ചറിയും വിവേകികൾ അത് എളുപ്പം മനസ്സിലാകും മാർക്കെടും ഇത്രയേ ഉള്ളൂ എവന്റെ ഈ പൊങ്ങച്ചങ്ങളും ജാടകളും അഭ്യാസങ്ങളും എല്ലാം പാവം പയ്യനറിവില്ലാത്ത കൊണ്ട് കാണിക്കുന്നതാണ് എന്ന് വിചാരിച്ച് വിട്ടുകളായി പിന്നെ ഉപദേശിക്കാനൊന്നും പോകത്തില്ല തിരുത്താനും പോകത്തില്ല അതാണ് ഇവിടെ ആചാര്യം പറയുന്നത് എന്താണ് ഇത് അല്പം ഇതെല്ലാം വെറുതെയാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ഇതൊക്കെ നിർത്തിയിട്ട് ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നിർത്തിയിട്ട് വിചാര്യം ഇനിയും മനനം തുടരുക എവിടെയൊക്കെയാണ് പോരായ്മകൾ സംഭവിച്ചിരിക്കുന്നത് അത് സ്വയം തിരിച്ചറിയുക അല്പമായ അവിവേകത്തെ കൂടി നശിപ്പിക്കുക നിസ്സാരമായ അഭിവേകമാണ് ഈ പ്രയോജനമുള്ള വലിയ കാര്യമായ അവിവേകങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാം ഇതുകൊണ്ടൊന്നും നേടാനില്ല വളരെ തുച്ഛമാണ് വിചാരിയമേവാ ബ്രഹ്മ അതുകൊണ്ട് ആത്മവിചാരം അതു തുടരുക എന്തെങ്കിലും നേടി എന്ന് കരുതി അഭിമാനിക്കാതിരിക്കുക സമാധാനിക്കാതിരിക്കുക എന്ന ശിഷ്യ ഏകാന്തവിഷ്ടഥോക്തമാചാര്യ ആഗമം അർത്ഥത്തു വിചാര്യ തർക്ക നിർദ്ധാര്യ സ്വാനുഭവം കൃത്യ ആചാര്യസകാശം ഉപഗമ്യ ഉവാച ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ എന്താണോ ശിഷ്യന് മനസ്സിലായി നമ്മൾ കള്ളം പിടിച്ചു കഴിഞ്ഞു ഇനി പുറമേ നടന്നീ ജാടകളൊന്നും കാണിച്ചിട്ടൊരു കാര്യമില്ല ഒരുപക്ഷെ വിഡ്ഢികൾ സ്വാമിയെന്ന് വിളിച്ചെന്നിരിക്കും പക്ഷെ ആചാര്യൻ മനസ്സിലാക്കുകയും വെറും പൊള്ളയാണ് യമനിലൊരു കഴമ്പുമില്ല പിന്നെ വിഡ്ഢികളുടെ അംഗീകാരം കൊണ്ടെന്താ പ്രയോജനം എന്തെങ്കിലും പ്രയോജനമുണ്ടോ പ്രയോജനമുണ്ട് ബാഹ്യമായ ഭൗതികമായ പ്രയോജനം ആധ്യാത്മികമായ അനുഭവത്തിൻ്റെ വെളിച്ചെത്തി നോക്കുമ്പോൾ എന്താണ് ഈ ലോകം എന്ന് പറയുന്നത് ഒരു വിഡ്ഢികളുടെ സമൂഹമാണ് സുബോധമില്ലാത്തവരുടെ സമൂഹമാണ് അവരുടെ അംഗീകാരം ബഹുമാനം അതിലൊക്കെ എൻ്റെ അർത്ഥമുണ്ട് അതിനൊക്കെ എന്താ വിലയുള്ളത് ആത്മബോധത്തിൻ്റെ വെളിത്തത്തിൽ അതിന് യാതൊരു വിലയില്ല അത് കിട്ടിയത് കൊണ്ടോ കിട്ടാതിരുന്നിട്ടോ ഒരു കാര്യമില്ല പിന്നെ അവരുടെ മുമ്പ് ചെന്ന് വേഷഭൂഷാദികൾ കാണിച്ചിട്ട് എന്താ കാര്യം ജാടകൻ കാണിച്ചിട്ട് എന്താ കാര്യം ഒരു പ്രയോജനവും അതുകൊണ്ട് എന്തു ശിഷ്യൻ ആ സമൂഹത്തെ വിട്ട് അത് വിട്ടിട്ട് ഇവിടെ പോയി ഏകാന്തത്തിലേക്ക് പോയി ഏകാന്ത ഉപവിഷ്ട അതെല്ലാം വിട്ടു ഇതെന്നും ആരെയും ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അംഗീകാരവും പ്രശംസയും ദക്ഷിണയൊന്നും വാങ്ങിയിട്ടൊരു കാര്യമില്ല എന്ന് കരുതി ഏകാന്ത ഉപവിഷ്ടിഷ്ടവിടെ ഏകാന്തനായിരുന്നു വെച്ചാൽ മറ്റു വികാര വിട്ടിട്ട് തന്നിൽ തന്നെ ഇത് താൻ തന്നെയായി തന്റെ വിചാരകേന്ദ്രം താൻ തന്നെയായി തൻ്റെ വിചാരത്തിൻ്റെ ബിന്ദു തന്നെ തന്നെ സമാഹിതനായി എന്ന് പറയും ഏകാഗ്രനായി എന്നൊക്കെ തന്നെ തന്നെ ഏകാഗ്രനായി മറ്റുള്ളവരെല്ലാം വിട്ടു ലോകത്തെപ്പാടെ വിട്ടു ലോകത്തെപ്പാടെ തൻ്റെ മനസ്സിൽ നിന്ന് വിട്ടു എന്നൊക്കെ അപ്പം ലോകത്തിൻ്റെ ആ ദ്വന്ദ്നിന്നുള്ള ആകർഷണം അതാണ് ഇതൊക്കെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ദ്വന്ദ് ആകർഷണം ആ ദ്വന്തു ആകർഷണങ്ങളെല്ലാം വിട്ടുകഴിഞ്ഞാൽ മനസ്സ് പിന്നെ തന്നിലേക്ക് തന്നെ പിടിവിട്ടു പോകത്തില്ല ഈ ദുന്തുങ്ങളിൽ ആകർഷണമുണ്ടെങ്കിൽ മനസ്സങ്ങോട്ട് പോകും അവിടുത്തെ നേട്ടങ്ങൾ അവിടുത്തെ ജയങ്ങൾ അവിടുത്തെ ലാഭങ്ങൾ അത് മനസ്സ് വിട്ടുകഴിഞ്ഞാൽ സമാഹിതനാണ് അതാണ് അന്തർമുഖതെന്ന് പറയുന്നത് അങ്ങനെ അന്തർമുഖനായി യഥോക്തം ആചാര്യേണോ ആഗമം ആചാര്യന്റെ ആഗമം പരമ്പരയായി വന്ന ഉപദേശം അതൊന്നും പറഞ്ഞല്ലോ ഇത് പാരമ്പര്യ സമ്പ്രദായത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഉപദേശമാണ് ആചാര്യൻ പറഞ്ഞു ആ ഉപദേശത്തെ അർത്ഥതഹ വച്ചാല്യാണ് അത് അർത്ഥപൂർണമായി ചിന്തിച്ച ഒന്നാണ് വരുന്നത് ആചാര്യൻ ഏത് രീതിയിലാണോ അതിനെ ഉപദേശിച്ചത് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ട് സ്വന്തം മനസ്സിൽ നിന്ന് ഈ ലാ ലോകത്തെ പാടെ തിരിച്ചിട്ട് ത്യാഗം സന്യാസം എന്ന് അങ്ങനെ അർത്ഥധാപിച്ച ആര്യ അർത്ഥപൂർണമായി ചിന്തിച്ചിട്ട് അതിനൊട്ടും പതിരില്ലാതെ ശരിയായ രീതിയിൽ തന്നെ ഗ്രഹിച്ചവൻ ചിന്തിച്ച് തർക്ക അവിടെയാണ് അവൻ അവൻ്റെ ബുദ്ധിയെ ഉപദേശ ഉപയോഗിച്ച് യുക്തിയുക്തമായി ചിന്തിച്ച് നിർധാര്യ അന്തിമമായ അതിൻ്റെ താൽപ്പര്യത്തെ അവൻ ആന്തരികമായി ഇതാണ് അതിൻ്റെ പരമാവധി എന്ന് സ്വയം നിർണയിച്ച് ആ പരമാവധിയിലെത്തിയപ്പോഴോ സ്വ അനുഭവം കൃത്യ ഗുരുവിൻ്റെ ഉപദേശം തൻ്റെ അനുഭവമായി മാറി അവനെ അനുഭവമാക്കി മാറ്റി അനുഭവമായി മാറുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത് എന്താണ് ഈ ദന്ദ്ങ്ങളിൽ നിന്നെല്ലാം അവൻ മോചിച്ചു എന്നുവെച്ചാൽ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം മോചിച്ചത് ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളാണ് ബാഹ്യമായി വരുന്ന ഈ പ്രലോഭനങ്ങളാണ് വിചാരത്തിന് തടസ്സമായിരിക്കുന്നത് അതിൽ പെടുന്നതാണ് ഈ ഗുരുവാകുന്നതിനുള്ള മോഹവും ആ പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം അവൻ മുക്തനായി ഏകാന്തതയിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അത് അവൻ്റെ അനുഭവത്തിൽ ഇത് അനുഭവത്തിൽ എത്തിച്ചേരുന്നതാണ് അവൻ്റെ വഴിക്ക് പോയാൽ അവൻ്റെ നിയമങ്ങളനുസരിച്ച് പോയാൽ അൻ്റെ വഴിയാണ് കൂടെ പറഞ്ഞത് ആദ്യം അർത്ഥതക വിചാരിയ തർക്കദശ നിർദ്ധാര്യ പെന്ന സ്വാനുഭവം അതാണ് അപ്പോൾ ചിന്തയും യുക്തിയും അനുഭവത്തിലെത്തിക്കുന്നു എന്നാണ് അത് വേണ്ട രീതി ആയിക്കഴിഞ്ഞു അതുകൂടെ ചർച്ച ചെയ്യുന്നത് എന്താണ് അതിൻ്റെ രീതി എന്നുള്ളത് സ്വാനുഭവം കൃത്യ ആചാര്യ സകാശം ഉപഗമ്യ ആചാര്യന്റെ അടുത്തെത്തി പറഞ്ഞു മഞ്ഞേ ഞാൻ ഇതിനെ ധരിച്ചിരിക്കുന്നു അപ്പൊ നേരത്തെയും എന്താ പറഞ്ഞത് സുവേദ ഞാനിതിനെ മനസ്സിലാക്കി എന്നാണോ ഇപ്പോഴും പറയുന്നു ഇതിനെ മനസ്സിലാക്കിയിരുന്നു പുതിയ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള ഒരു കാര്യം എന്താണോ ഇത് മനസ്സിലായിരുന്നെങ്കിലും ഒരു പറയാം അഹം മന്യേ ഇത് മനസ്സിലായി അത് മനസ്സിലാക്കി കഴിഞ്ഞാലും ഒരുവൻ പറയുന്നത് അത് തന്നെ അഹം മന്യേ രണ്ടിടത്തും ശബ്ദം ഒന്നുതന്നെ പ്രയോഗിക്കുന്നത് പക്ഷെ ഒരിടത്തും മന്യെന്ന് പറഞ്ഞപ്പോൾ അവനറിയാൻ മനസ്സിലായിട്ടില്ല ആചാര്യനും അറിയാം ഇത് മനസ്സിലായിട്ടില്ല രണ്ടാമത് അഹം മന്യെന്ന് പറഞ്ഞപ്പോൾ അവനും ബോധ്യപ്പെട്ടു അത് ആചാര്യനും ബോധ്യപ്പെട്ടു അവൻ അറിഞ്ഞിട്ടാണ് പറയുന്നത് അറിയാതെയും പറയാം അറിഞ്ഞു അറിഞ്ഞിട്ടും പറയാം അറിഞ്ഞു അപ്പം ശബ്ദത്തിലുള്ള കാര്യം ശബ്ദപ്രയോഗത്തിലുള്ള കാര്യം അപ്പോൾ നിങ്ങളിതിനെ അറിഞ്ഞു എന്ന് പറയുന്നോ അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് പറയുന്നോ എന്നുള്ളതിലല്ല മറിച്ച് എന്താണ് സ്വ മുഖ്യം ഇവിടെ അവസാനമായി ഈ ശിഷ്യൻ സ്വ അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കും സ്വ അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നിയമമൊന്നുമില്ല ഇന്നതായിരിക്കണമെന്നില്ല അതുകൊണ്ട് ഒരു തവണ ശിഷ്യൻ സുവേദ എന്ന് പറഞ്ഞപ്പോൾ ആചാര്യൻ പറഞ്ഞു വരുത് നീ എന്നെ കളിപ്പിക്കാൻ പറയുകയാണ് നീ പറയുന്നതിലൊരു കഴമ്പുമില്ല രണ്ടാമത് അതേ ശിഷ്യൻ തന്നെ പറഞ്ഞു എന്താണ് അഹം അധ ഇതാനിയും വിജതം ബ്രഹ്മ ആ എനിക്കിപ്പോ പിടികിട്ടി എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ കള്ളത്തരങ്ങളെല്ലാം പോയി എന്നെ അതിനർത്ഥമാണ് ുമ്പ് ഞാൻ പറഞ്ഞപ്പോ അതിൽ ചില കള്ളത്തരങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഹൃദയം കൽപ്പിച്ച് പറഞ്ഞതാണ് അല്ലെങ്കിൽ എൻ്റെ കള്ളത്തെ ഞാൻ അറിയാതെ തന്നെ പറഞ്ഞതാണ് എൻ്റെ ന്യൂനതയെ ഞാൻ മനസ്സിലാക്കാതെ പറഞ്ഞതാണ് അല്ലെങ്കിൽ അങ്ങയുടെ ഉപദേശത്ത് നിന്ന് എനിക്കുണ്ടായ ഒരു ആപാദജ്ഞാനം ഒരു സാമാന്യജ്ഞാൻ ആ ജ്ഞാനത്തിനിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് പക്ഷെ അവിടെ വേണ്ടത്ര വിചാരമോ വേണ്ടത്ര തർക്കമോ അതിന് വരേണ്ട സ്വാനുഭവം ഉണ്ടായിരുന്നില്ല അതൊന്നും ഉണ്ടാകാതെ ഞാൻ പറഞ്ഞു പോയതാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ സ്വ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയും അപ്പോൾ ഒരാൾക്ക് വ്യക്തമായും പറയാം എന്താണോ വേദാഹം അറിയുന്നു പുരുഷം മഹാന്തം ഈ മഹാനായ പുരുഷനെ ഞാൻ അറിയുന്നു എന്ന് വെച്ചി ആ രീതിയിലാണ് അവിടെ ഈ അജ്ഞാനവും അതിൻ്റെ ഫലമായി വരുന്ന പാപട്ട്യങ്ങളും എല്ലാം ഒഴിഞ്ഞിട്ട് സ്വയം പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് പറയാം അങ്ങനെ ശബ്ദം പ്രയോഗിക്കുന്നതിന് ഒരു തെറ്റുമില്ല അതാണ് ഇവിടെ രണ്ടാമത് ശിഷ്യൻ പറയുന്നത് അതിനെ ആചാരൻ അംഗീകരിക്കുന്നുണ്ട് അതാണ് ഈ ആഗമസമ്പ്രദായം ഉപദേശ സമ്പ്രദായം അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാലല്ലേ ഇത് ഉപദേശിക്കാൻ പറ്റും ഇത് പറയുന്ന ഇത് ഒരു പരമ്പരയിലൂടെ ഇത് ഉപദേശം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പരമ്പരയിൽ ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ സാക്ഷാത്കാരം അത് ഉണ്ടായേ മതിയാവും ഉണ്ടായാലേ ഈ പാരമ്പര്യം നിലനിൽക്കത്തുള്ളൂ വിദ്യാ പാരമ്പര്യം അത് ഓരോ ഗുരുക്കന്മാരിനും അത് സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു അതിനെ ശ്രുതി അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് വിദിതം എന്നിവിടെ പറയുന്നു ഞാനിതിനെ അറിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്നുവെച്ചാൽ ഇത് ഈ സത്യം ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുന്നു അതാണ് അവസാനം പറഞ്ഞെന്താണ് മഞ്ഞേ വിദിതം അത്രമാത്രം ശിഷ്യന്റെ അഭിപ്രായം അന്തിമമായ അഭിപ്രായം യുദ്ധി മന്യസേ സു വേദേവാനൂനം ത്േദ്ധബ്രഹ്മണോപം യം യു ീമാംസ്യമേ തേ മേഹം മേസു വേദേതി വേദ ചോനേദ തദ്ദ ഞാൻ ഈ സത്യത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു അത് ബ്രഹ്മം കൂടാതെ സംശയം കൂടാതെ അജ്ഞാനം കൂടാതെ എങ്ങനെയാണത് കഥം വിധി എങ്ങനെയാണ് ശ്രുത എങ്ങനെയാണോ മുൻ ആചാര്യന്മാർ അവരുടെ അനുഭവത്തെ പ്രകാശിപ്പിച്ചത് അതുപോലെ ഇവിടെ ശിഷ്യനും അങ്ങനെ പ്രകാശിപ്പിക്കുകയാണ് നൈവാഹം മന്യേ സുവേദ ബ്രമേദി എന്നുമുമ്പ് ഞാൻ പറഞ്ഞല്ലോ സുവേദത്തിലല്ല ഇപ്പം പറയും ഇതിനൊരു വിഷയമായി അറിഞ്ഞു എന്നുള്ള രീതിയിലല്ല പറയുന്നത് അതിനൊരു വിഷയമായി അറിയുക എന്ന് പറയുമ്പോൾ ചിന്തയുടെ വിഷയമാക്കുക മനനത്തിൻ്റെ വിഷയമായി അറിയുക എന്നുള്ളതാണ് ആണ് അറിവിൻ്റെ വിശേഷത ഞാനതിനെ അറിഞ്ഞു സാധാരണഗതി പറയുമ്പോൾ ഞാൻ അതിനെ മനനം ചെയ്തു മനനം ചെയ്യുന്നതുകൊണ്ട് മനസ്സുകൊണ്ട് അതിനെ മനസ്സിലൂടെ അറിഞ്ഞു എന്ന് പറയുന്നതാണ് അത് ഏതുപോലെയാണോ ഒരു വസ്തുവിനെ നമ്മൾ നേരിട്ട് കാണാതെ അതിന്റെ പ്രതിബിംബത്തെ കണ്ണാടിയിലൂടെ കാണുന്നത് പോലെയാണ് അപ്പോൾ കണ്ണാടിയുടെ തെളിച്ചമനുസരിച്ച് പ്രതിബിംബത്തിനും തെളിച്ചമുണ്ടാവും എന്ന് വിചാരിച്ചത് നേരിട്ടൊരു കാഴ്ചയാണ് നേരിട്ട് കാഴ്ചയാകുന്നില്ല അതിനാ വസ്തുവിന്റെ പ്രത്യക്ഷമെന്ന് നമുക്ക് പറയാം ആ വസ്തുവിൽ എത്രമാത്രം വ്യക്തത ഉണ്ടായാലും ശരി ഒരു ന്യൂനതയുണ്ടാവും എന്താണ് വസ്തു അവിടെ പ്രകടമാകാതിരിക്കുകയോ പ്രത്യക്ഷമാകാതിരിക്കുകയോ എന്നാൽ ബിംബത്തിലൂടെ ആ വസ്തുവിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ നമ്മളറിയുക അതുകൊണ്ട് കണ്ണാടിയിലൂടെ കാണുമ്പോൾ എന്തു ചെയ്യുന്നു ആ വസ്തുവിൻ്റെ പല സ്വഭാവ മഹിമകളും നമ്മളറിയുന്നു പല വിശേഷങ്ങളും അറിയുന്നു ഇതിന് ഇന്നതാണ് ഇതിൻ്റെ നിറം ഇന്നതാണ് ഇതിൻ്റെ ഇനം ഇന്നതാണ് ഇതിന്റെ തരത്തിലുള്ളതാണ് ഇതെല്ലാം അറിയുന്നു പക്ഷെ അറിവ് നമുക്ക് പൂർണ്ണത അവകാശം അവകാശപ്പെടാൻ പോയി എന്തുകൊണ്ട് അതിൻ്റെ ആ അതല്ല അപ്പോൾ ആ കണ്ണാടിയിലൂടെ അറിയുക പ്രതിബിംബ ഉപാധിയിലൂടെ അറിയുക പ്രതിബിംബ ഉപാധിയിലൂടെ പ്രതിബിംബമായിട്ടറിയുക അതാണ് മനസ്സിലൂടെ അറിയുന്നത് അതല്ല അങ്ങനെ മനസ്സിലൂടെ അറിയുമ്പോൾ പറയുന്നതാണ് സുവേദ സുവേദ എന്നറിയും ഇവിടെ പറയുന്നത് നഖം മഞ്ഞ് സുവേദ ആ ഘട്ടം ഞാൻ കടന്നു അത് മനസ്സിൻ്റെ ഒരു കൗശലമാണ് മനസ്സിൻ്റെ ഒരു തട്ടിപ്പാണ് സ്വയം ജ്ഞാനിയാണെന്ന് ഭ്രമിപ്പിക്കുന്നതാണ് മനസ്സ് അതല്ല അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു അവകാശവാദം ഞാൻ പറയുന്നില്ല സുവേദ നാഹം മന്യേ സുവേദേദി നൈവാഹം മന്യേ സുവേദ ബ്രഹ്മേദിർഹി വിദിതം ത്വ ബ്രഹ്മേത്യുത്യാഹനവേദി അറിയുന്നില്ല എന്നും അങ്ങനെ ധരിക്കില്ല അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ സൈമജ്ഞനായി ശ്രവണ മനനങ്ങളെല്ലാം നിഷ്ഫലമായി അങ്ങനെയുമല്ല പറഞ്ഞല്ലോ ഇത് വിദിതം അവിദിതങ്ങൾക്ക് അപ്പുറമാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അവിദിതം എന്നങ്ങനെ പറയാൻ കഴിയും സ്വാനുഭവത്തിൻ്റെ നില എന്ന് പറയുന്നത് ഇവിടെ സ്വാഭാവികമല്ല എന്ന് പറയണം ജ്ഞാനാജ്ഞാനങ്ങൾക്ക് അപ്പുറമുള്ള നിലയാണ് സ്വാനുഭവം നമ്മൾ സാധാരണ അനുഭവം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ദ്വന്ദ്ങ്ങളെക്കുറിച്ചുള്ള അനുഭവം ആ അനുഭവത്തിലാണ് നിൽക്കുന്നത് ജ്ഞാനാജ്ഞാനങ്ങൾ ഇവിടെ പറയുന്ന എങ്ങനെയുള്ള സ്വ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വസ്വരൂപത്തെ കുറിച്ചുള്ള അനുഭവം അവിടെ ജ്ഞാനാജ്ഞാനങ്ങൾക്ക് നിലയില്ല അത് പ്രകാശമാത്രം അത് നമ്മൾ കാണുന്ന നീളം വെളിച്ചുപോകും വെളിച്ചത്തെ അപേക്ഷിച്ച് നിൽക്കുന്ന നെല്ലല്ല അല്ലെങ്കിൽ രണ്ടും ഇലകർന്ന് എടകലർന്ന് നിൽക്കുന്നതുപോലെ അത് കേവല പ്രകാശം മാത്രം അതുകൊണ്ടവിടെ നൂന വേദേതി അങ്ങനെ പറയാനും വയ്യ വേദച്ചേതിന്റെ ശ്രദ്ധ നവേദ അറിയുന്നുവെന്നുമില്ല അറിയുന്നില്ല എന്നുമില്ല അത് കേവലപ്രകാശമാണ് നനു വിപ്രതിഷിദ്ധം നാഹം വന്യു സുവേദേതി വേദച്ചേതി അതിനൊരു വൈരുദ്ധ്യമുണ്ടല്ലോ അറിയുന്നെന്ന് പറയാൻ വയ്യ അറിയുന്നില്ലെന്ന് പറയാൻ വയ്യ എന്നാണല്ലോ പറയുന്നത് വ്യതി നന്യസ്സേ സുവേദേതി കഥം വന്യസ് വേദച്ച സുവേദം വ്യക്തമായി അറിയുന്നു എന്ന് പറയാൻ വയ്യെങ്കിൽ പിന്നെ വേദച്ച എന്ന് അങ്ങനെ പറയാൻ പറ്റും അറിയുന്നു എന്നങ്ങനെ പറയാൻ പറ്റും ഇതെന്താണ് ഇതിൻ്റെ അത മനുഷ്യ കഥുന്ന മനുഷ്യ അല്ല ഇനി അറിയുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ സുവേദ എന്നുകൊണ്ട് പറഞ്ഞുകൂടാ ചോദിക്കാനം വാക്കരത്ത് നടത്തുന്നത് എന്താണ് ഇതിൻ്റെ താൽപ്പര്യം ഏകം വസ്തു ഏനഞായതേ തേനൈവ തസ്തു സുവിജ്ഞായതേ നസുവിജ്ഞായതീ വിപ്രസിദ്ധം സംശയ വിപരിയോ വർജയിക്കുക ഒരു വസ്തു അറിയുന്നു അവൻ അറിയുന്നില്ല എന്നും പറയുകയാണെങ്കിൽ അവിടെ എന്താണോ അത് സംശയവും വിപരിയവുമായിരിക്കും ഒരു വസ്തുവിനെ സംശയത്തിൽ അങ്ങനെ പറയാം ഞാൻ അറിയുന്നു അറിയുന്നില്ല ഇത് തൂണാണോ അതോ കള്ളനാണോ അത് അറിയുന്ന അറിയുന്നില്ല രണ്ടും പറയാൻ വയ്യ തൂണാണെന്നറിയുന്നെന്ന് പറയാൻ വയ്യ കാരണം കള്ളനാണെന്ന് അറിയുന്നു കള്ളനാണെന്നറിയുന്നു എന്ന് പറയാൻ വയ്യ തൂണാണെന്നറിയുന്നു സംശയത്തിൽ വരാം ഭ്രാന്തിയിലും വരാം രജ്ജുവാണെന്നറിയുന്നില്ല മത്സ്യസർഭമാണെന്നറിയുന്നു അല്ലാതെ നമ്മുടെ വ്യാവഹാരികമായ ജ്ഞാനത്തിനും ഒരു വസ്തുവിനെ സംബന്ധിച്ച് അറിയുന്നു അറിയുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്താണ് ഇതൊരു വാക്ക് അസർത്തിനപ്പുറം എന്താണുള്ളത് എന്നുവെച്ചാൽ ബ്രഹ്മ സംശയിതത്വേന ജയം വിപരീതത്വേന വേദി നിയന്ത്രിസിക്കും ബ്രഹ്മത്തെ സംബന്ധിച്ച് നിന്റെ സ്വസ്വരൂപം അതിൽ സംശയിക്കുക അല്ലെങ്കിൽ അതിനെ വിപരീതമായി അറിയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അങ്ങനെയൊന്നും നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ സംശയവിപര്യൂഹി സർവത്ര അനർത്ഥകത്വനൈവ പ്രസിദ്ധവും സംശയ വിപര്യങ്ങൾ സർവത്ര അനർത്ഥത്തെ ഉണ്ടാക്കുന്നു നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് ആത്മാവിനെ സംബന്ധിച്ചും അവസാന ശ്രോതാവിനെ സംശയത്തിലോ വിപരീയത്തിലോ എത്തിക്കുകയാണോ എന്ന് വെച്ചാൽ പറയാറുണ്ടല്ലോ അവരെത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണോ ഏവം ആചാര്യേണ വിശാല്യോ വിശിഷ്യുന വിചശാല ആചാര്യൻ വീണ്ടും എന്താണ് ശിഷ്യനെ പരീക്ഷിക്കുന്നത് പക്ഷേ ശിഷ്യന് ഒരു മാറ്റം ഉണ്ടായില്ല ഇവനീ പറയുന്നത് എന്തെങ്കിലും ഇളക്കം ഇവന് സംഭവിക്കുമോ പരീക്ഷിച്ചു നോക്കാം ഇവന്റെ ഈ ബോധത്തിലുള്ള എന്തെങ്കിലും ന്യൂനതയുണ്ടോ ഇവന്റെ ആത്മസാക്ഷാത്കാരം അതിൻ്റെ പരിപൂർണതയിലാണോ സംശയവിപര്യങ്ങൾ നശിച്ചതാണോ അജ്ഞാനശൂന്യമാണോ ആചാര്യൻ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നു ബോധത്തെ പക്ഷെ വിചച്ച അല്ല ശിഷ്യനൻ ഒരു മാറ്റമുണ്ടായില്ല അവനവൻ്റെ പരിപൂർണതയിലെത്തിച്ചേർന്നു അവൻ ആത്മപ്രതിഷ്ഠിതനായി പറയുന്നുവെന്നാണ് അന്യദേവത്തത് വിജിത അഭു അവിജിതാതിരി നിത്യാചാര്യോക്തം ആഗമസമ്പ്രദായ ബല ഉപപത്തി അനുഭവ ബലാ ബ്രഹ്മവിദ്യാം നിശ്ചയതാം ദർശയൻ ആത്മനഹ ആചാര്യുക്ത ആഗമസമ്പ്രദായ ഭ്രാന്തിയാണ് എന്ന് ആക്ഷേപിക്കാൻ കഴിഞ്ഞ എന്തുകൊണ്ട് ഒരു സമ്പ്രദായത്തിന്റെ ബലമുണ്ട് ഇത് അനേക തലമുറകളിലൂടെ ആചാര്യ സമ്പ്രദായത്തിലൂടെ വന്നതാണ് എനിക്കൊരു സുപ്രഭാതത്തിലുണ്ടായ ഒരു വിഭ്രാന്ത്യൻ പൂർവാചാര്യസമ്മതമായൊരു കാര്യമാണ് അതൊരു ബലം താൻ തൻ്റെ കൽപ്പനയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നാളെ ആ അനുഭവം മാറിയെന്ന് വരാം ഇന്ന് പറഞ്ഞത് ഞാൻ മാറ്റി പറയേണ്ടി വരും ഇതങ്ങനെ ഇത് ചിരപരീക്ഷിതമായ ഒരു സമ്പ്രദായത്തിലൂടെ കടന്നു വന്നതാണ് അനാദിയായ സമ്പ്രദായത്തിലൂടെ കടന്നു വന്നതാണ് ഈ വിജ്ഞ ഒരാൾ പരീക്ഷിച്ച അനേകം പേർ പരീക്ഷിച്ചാണ് പരീക്ഷിച്ചതിന് ഉറപ്പുവരുത്തിയാണ് ബോധിച്ചതാണ് ആ മാർഗത്തിൽ എത്തിപ്പെട്ടവനാണ് ഞാനും അതുകൊണ്ട് ഇതെൻ്റെ വ്യക്തിനിഷ്ഠമായ അനുഭവമാണ് ഈ അനുഭവം ബ്രഹ്മാത്മകമാകാം നാളെ ഈ അനുഭവം മാറി ഞാൻ മറ്റൊന്ന് പറയാം എന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല എന്തുകൊണ്ടിത് ആചാര്യ ആഗമസമ്പ്രദായ ബല എനിക്ക് ഈ ആഗമത്തിൻ്റെ ഈ സമ്പ്രദായത്തിൻ്റെ പിൻബലമുണ്ട് ആ അനുഭവത്തെ പിൻപറ്റിയാണ് എൻ്റെ അനുഭവം നിലനിൽക്കുന്നത് അതുമാത്രമല്ല ഉപപത്തി എന്റെ ഉപപത്തിക്കും ശ്രോതാക്കളുടെ ഉപപത്തിക്കും ചേരുന്നതാണ് യുക്തിക്ക് നിരക്കുന്നതാണ് നിങ്ങൾ ലൗകികമായ തെറ്റും ശരിയും നിശ്ചയിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആധ്യാത്മികം പോട്ടെ ഓരോ വ്യക്തിയുടെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിനും ഓരോ വ്യക്തിയുടെയും യുക്തിയുടെ അടിസ്ഥാനത്തിനും ലോകത്തിലെന്തായാലും നിങ്ങൾക്ക് ശരിയായ അറിവും തെറ്റായ അറിവുമുണ്ട് അവിടെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു ആത്യന്തികമായി യുക്തിയെയും സ്വാനുഭവത്തെയും ആശ്രയിക്കുന്നു അങ്ങനെ ഈ ലോകത്തെ നിങ്ങൾക്ക് സത്യവും അസത്യവും ശരിയും തെറ്റും യഥാർത്ഥവും അയഥാർത്ഥവും യഥാർത്ഥ ബോധവും ഭ്രാന്തിയും എല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാകാമെങ്കിൽ അല്ലെങ്കിൽ ശരിയായ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാകാമെങ്കിൽ ഇവിടെ അത് തന്നെയാണ് ആർക്കും സ്വീകാര്യമായിരിക്കുന്ന യുക്തി അനുഭവം ആർക്കും എത്തിച്ചേരാന്നുള്ള അനുഭവം ഇത് രണ്ടും ഇതിനെ സംബന്ധിച്ചുകൊണ്ട് അപ്പം മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ യുക്തിയുടെയും അനുഭവത്തിന്റെയും ബലത്തിൽ ഇത് ശരി എന്ന് പറയാമെങ്കിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇവിടെയും യുക്തിയും അനുഭവം ഉണ്ടല്ലോ ഇതിന്റെ ബലത്തിൽ ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് പറഞ്ഞുകൊണ്ടോ അതുകൊണ്ട് ഇതിനും യുക്തിയും അനുഭവം കേവലം ഒരു വ്യക്തി എന്നുള്ള എനിക്ക് എന്റെ യുക്തിയോ എന്റെ അനുഭവമല്ല ഇത് ഉപദേശ സമ്പ്രദായത്തിൻ്റെ യുക്തിയും അനുഭവമാണോ അതുകൊണ്ട് ഇതിന് സംശയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ജഗർജ ജഗർജിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറപ്പിച്ചു അവൻ നിന്നിടത്ത് മാറിയില്ല എന്ന് പറഞ്ഞു സ്വന്തം മാറേണ്ട ആവശ്യമൊന്നുമില്ല അനുഭവത്തിൽ നിന്ന് എന്തിനും നിന്ന് മാറാം പക്ഷെ സ്വ അനുഭവത്തിൽ നിന്ന് ഒരുവനെന്തിനും മാറണം അപ്പൊ എന്തൊക്കെ പരീക്ഷിച്ചിട്ടും അവൻ ജഗർജ് അവൻ ഗർജിച്ചു അവൻ തന്റെ അഭിപ്രായത്തിൽ അനുഭവത്തിൽ തന്നെ ഉറച്ചു നിന്നു ബ്രഹ്മവിദ്യ ദൃഢനിശ്ചയതാം ദർശയൻ ബ്രഹ്മവിദ്യയിലുള്ള തന്റെ ദൃഢനിശ്ചയത്തെ പ്രദർശയൻ പ്രദർശിപ്പിച്ചുകൊണ്ട് തന്റെ ഉറപ്പിനെ തന്റെ യഥാർത്ഥത്തിലുള്ള വ്യക്തതയെ അനുഭവത്തിലുള്ള വ്യക്തത ഒരു വ്യക്തമായിരിക്കുന്നതാണ് സ്വാനുഭവം ആ അനുഭവം തനിക്ക് വ്യക്തമായതുകൊണ്ട് തന്നെ സംശയരഹിതമായി അവനതിനെ പ്രകടിപ്പിച്ചു വ്യക്തമാക്കി കഥമിത്തിച്ചതേ എങ്ങനെ അവൻ വ്യക്തമാക്കി ഗുരുവിൻ്റെ പരീക്ഷണം തുടർന്നിട്ടും അവനെങ്ങനെ അവൻ്റെ അനുഭവത്തിൽ ഉറച്ചെന്നും എങ്ങനെ അത് പ്രകാശിപ്പിച്ചു അതടുത്ത് പറയും കശിദ് അസ്മാകും സബ്രഹ്മചാരണം മധ്യേ തത് മുഃക്തം വചനം തത്വവേദ സ തദ്വ വേദ പറയുന്നു കശിത് അസ്മാകും സബ്രഹ്മചാരി നാം മധ്യേ സബ്രഹ്മചാരികളുടെ മധ്യത്തിൽ ഗുരുവിൻ ശിഷ്യന്മാരോട് ഉദ്ദേശിക്കുക ഒരു ബ്രഹ്മചാരികൾ മാത്രമല്ല പലരുണ്ട് സബ്രഹ്മചാരികൾ എല്ലാവരും ഒപ്പമുള്ളവർ എന്റെ ഒപ്പമുള്ളവരുടെ കൂട്ടത്തിൽ മദുതം വചനം തത്വതവേദ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമായി ഗ്രഹിക്കുന്നത് അവൻ സ തദ് ബ്രഹ്മവേദവനാ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു അറിയുന്നു പറഞ്ഞു അതുകൊണ്ട് അറിഞ്ഞു എന്നല്ല പറഞ്ഞതുകൊണ്ട് അറിയണമെന്നുമല്ല പക്ഷെ പറയുന്നത് തത്വത്തിൽ ഗ്രഹിക്കണം തത്വത്തിൽ ഗ്രഹിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗ്രഹിക്കുക എന്നുള്ളതാണ് മുഖ്യം പറഞ്ഞ പുതിയ കാര്യമേണ്ട മുമ്പ് പറഞ്ഞത് തന്നെയാണ് ആചാര്യൻ പറഞ്ഞത് തന്നെയാണ് പൂർവാചാര്യന്മാർ പറഞ്ഞത് തന്നെയാണ് ഇപ്പൊ ശിഷ്യന ഏറ്റവും പറയുന്നു അപ്പോൾ ആ ശിഷ്യൻ പറയുന്നു ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്താണ് ഈ തത്വം അങ്ങ് പറഞ്ഞതും ഞാൻ പറഞ്ഞതുമായ തത്വം ഈ തത്വത്തെ ആരാണോ തത്വത്തിൽ ഗ്രഹിക്കുന്നത് അവനും ഇതറിയുന്നു അപ്പോൾ ചുറ്റുമുള്ള ഒരു ആക്ഷേപം പറയേണ്ട കാര്യമില്ല നീ ഇതറിയാതെ പറയുകയാണെന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ തത്വത്തിൽ ഗ്രഹിക്കാന്നുള്ളതാണ് മുഖ്യം അപ്പോ ശ്രവണത്തിൽ ഗ്രഹണം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ശ്രമിച്ചാൽ എന്തെങ്കിലും ഗ്രഹിക്കാതിരിക്കും പറഞ്ഞല്ലോ പശ്ചിതി യഥാവത്ത് പശ്ചിത് എന്തെങ്കിലും ഗ്രഹിച്ചതിനു പക്ഷെ അവിടെ വരുന്ന ന്യൂനത എന്താണോ തത്വത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല കണ്ണൂടെ ശിഷ്യൻ പറയുന്നു ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇത് തത്വത്തിൽ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തത്വത്തിലുള്ള ഗ്രഹണമെന്ന് പറയുന്നത് എന്താണ് അജ്ഞാനജന്യങ്ങളായിരിക്കുന്ന സംശയവിഭ്രാന്തികളൊന്നും കൂടാതെ ജ്ഞാനം കേവലം തൻ്റെ ഭ്രാന്തമായ ആരോപണമാകാൻ പാടില്ല തന്നെയുള്ള മുക്തി കേവലം ആരോപിതമായിരിക്കാൻ പാടില്ല അതാണ് ഭ്രാന്തമായ അനുഭവങ്ങളെന്ന് പറയുന്നത് അതൊന്നും കൂടാതെ യഥാർത്ഥത്തിൽ ഗ്രഹിക്കുന്നത് അപ്പം പറഞ്ഞല്ലോ അത് മുമ്പ് പറഞ്ഞ് സ്വഭാവദോഷ ക്ഷയം അപേക്ഷ ഭക്ഷികാരം പറഞ്ഞു ഈ ഭ്രാന്തിയും സംശയങ്ങളുമെല്ലാം ഉണ്ടാക്കുന്ന ആ സ്വഭാവദോഷങ്ങളെല്ലാം നശിച്ച് ആ മാലിന്യങ്ങളെല്ലാം ദൂരീകരിച്ച് ആരുടെ ഉള്ളിലാണോ കാശിക്കുന്നത് മറവില്ലാതെ അവൻ തത്വത്തിൽ ഗ്രഹിക്കുന്നു ഞാൻ മാത്രമല്ല ഗ്രഹിക്കുന്നത് അവനും ഈ തത്വത്തെ യഥാർത്ഥത്തിൽ ഗ്രഹിക്കുന്നു തദ്വേദ്രഹ്മവേദിം പുനഃ തദ്വചനം ഇത്യാഹ ലോനവേദി വേദച്ച പറഞ്ഞത് തന്നെയാണ് ഇതിനെ അവിജ്ഞാതം വിജാനത അവിജ്ഞാതം അവിജാനത എന്ന് പറയുന്നതും അന്യദേവത വിദ്യുതാ അധോ അവിദ്യതാ അധി എന്നെല്ലാം പറഞ്ഞതും അതിൻ്റെ തത്വത്തിൽ എത്തിച്ചേർന്ന് ഗ്രഹിക്കുന്നു അത് അതുകൊണ്ട് ശിഷ്യൻ പറയുന്ന എന്താണ് ഇത് എൻ്റെ ഒരു പ്രത്യേക അവകാശവാദമൊന്നുമല്ല ഇതാർക്ക് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ സർവരും എൻ്റെ ഇതെന്താണ് ആ സ്വഭാവദോഷക്ഷയത്തെ അപേക്ഷിക്കുന്നുണ്ട് ആ സ്വഭാവദോഷക്ഷയം സംഭവിക്കുമ്പോൾ ഇത് എല്ലാവരിലും ഇത് മറ നീങ്ങി പ്രകാശിക്കും സർവസിദ്ധമായ കാര്യമാണ് അതുകൊണ്ടാണ് ഈ ആഗമസമ്പ്രദായം ഉപദേശ സമ്പ്രദായം നിലനിൽക്കുന്നത് എന്ന് ശിഷ്യൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് േ ദിവേദച്ച